നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യ पावनम ൂപന്തേ ശാത്തപനമചിന്യവൈഭവം തം നരം വഭുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തുന്തിലം മഹുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ देहाय ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവ്യാപ്തേ ദക്ഷിണമൂർത്തമധ്യം നൈക്കര ചരണം നമഗോത്രം നൂത്രം നോജാതിന് വണ്ണവതി പുരുഷോ നസം നീ ജനം നാപം തോ തും സഹജ സമരസം സദ്ഗുരു ത സാശിവസമാരംഭാര്യമധ്യമാസ്മദാര്യപര്യം വന് ഗുരുപരംപരാ മൗനവ്യാഖ്യകട്രഹ്മത്തം യുവാന വർഷിട്ടേ വസദിഗണൈരാവൃത ബ്രഹ്മനിഷാരേന്ദ്രം കരകലിത ചന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാതയേ ശാ സിന്നേന്ദ്രസങ്ക്വേ യോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് ബിഭ്രേ തസ്മൈ ഭാഷ്യ നമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി मात्रं भुवनं समस्तं സിത്സുഖവാരിരാശേ तं ഭുവനം गभीरं चिंताविहीनं തമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദ ച ചിന്തയാഹമൃമയവ്ജടാത്മകഹം ബുദ്ധിത്തോ നഹം താത്മസദ്ഭാവത ാവയുത്ു വരധിയ ദൃഷ്ട്ത്മനിഷാത്മന സോഹം സ്ഫൂർത്തി അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധാബ്ധേ കപളിദന വിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തുവിക്കാ ്യരുചലസം ഭൂ സ്ഥിവാളീനേ ഛിത്രം ഹൃദ്യഹമത്മതയാൃത്യോ തേ വന്നി ഹൃദയം നാമ അഹമതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വം ൂപം ശാമയരുണാചല ത്യനദീവാധൗ തയ്യം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസന്ത പശ്യതിയോ ദീധിതിരുണാചല ി മഹീയം തേ ർപ്പമനസം പശ്യൻ സർവൃതിയാതത്തും ഭജത്തെ അനന്യീ സജയത്യരുണാചല ി സുഖേ മഗ്നം ഹൃദയകുഹരമധ്യേ കവലം ബ്രംഹമാത്രം ഹ്യഹമഹിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിന്വതമ പവനചലന രുധാത്മനിഷോ ശോണ പ്രഭം സോമകലാവതം സമ്പുസ്ഫുരത് പഞ്ചശരേക്ഷുചാ ണപ്രിം നൌമി പിന്നേ കോണത്രയസ്ലദൈവതം നഹുന്ത പ്രവിശ്യ മമമിമാസുപ് സഞ്ജീവയ ഖില ശക്തിധരസ്വശരണശ്രവത്വീൻ പ്രാണന്നമോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓ പാർയ പ്രതിബോധിതായണേന मध्ये महाभारतं ഗ്രഥിതം भगवतीं മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ്യംബ भगवत्कीते ഭഗവത്ഗീതീ നമോസ്തുേ വ്യാസവിശാലുദ്ധേ ഫുൽവിയ തനി ത്യാ ഭാരതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണീ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമഹം पार्थो ോപനിഷദോ ഗാവോ ദോപനന്ദന പാർോ വത്സുധീർഭോക്തീതൃത മഹത് വസുദസുത ദംസ ചാണൂരമർദന ദേ ജഗദ്ഗുരു മൂക്കം കരോല പങ്കും ലംഘയത്തെ ഗിരി യപഹം വന്ദ്േ പരമാനന്ദമാധവം യണേന്ദ്രദ്രമരുത സ്തുവന്തിവ്യൈ സ്തൈേൈസ്സാംഗപദ്രമോപനിഷദൈർഗായമഗാ ധ്യവസ്ഥതദ്ദേ മനസാ പശ്യന്തിയോനോ യം ന വിദുസുരാഗണ ഹ പാർസാരത്തിരുപേണിവാ ശുഭം चेतसा അഭ്യസയോയുക്േതസാ परमं पुरुषं दिव्यं याति പാർത്ഥ അനുചിതയൻ ം എന്ന് പറഞ്ഞു ഭഗവധ്യാനത്തിനെ അഭ്യാസം കൊണ്ട് ചെയ്യുന്ന പ്രക്രിയ പറഞ്ഞു പരമം പുരുഷം ദിവ്യം യാതി ആ പരമേശ്വരനെ ഭഗവാൻ തന്നെ ആ പരമേശ്വരൻ തന്നെ വർണ്ണിച്ചു അതും നമ്മൾ ഇന്നലെ രണ്ട് ശ്ലോകം കണ്ടു കവിം പുരാണം അനുശാസിത അണോരണീയാം സമനുസ്മരി സർവരമചിന് റൂപം ആദിത്യവന്നമസ പരസ് काले वनसाचलेन भक्त्या युक्तो ഭയുക്ോബല ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യമ്യക്തം പരം पुरुषं उपैति दिव्यं ഇതിനുമുമ്പുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അന്തര്യാമിയായി ശരീരത്തിൽ യജ്ഞപുരുഷനായിട്ട് ഞാൻ തന്നെ ഇരുപ്പുണ്ട് അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മമു ഭൂതഭാവോദ്ഭവകര വിസർഗർമ്മസിത അധിഭൂതം ശരോഭാവം പുരുഷ അധിദൈവതം അധിയജ്ഞ അഹമേവാത്ര ദേഹേ ദേഹ ഭൃതാംബരം ഇതൊക്കെ നമ്മള് വിസ്തരിച്ച് കണ്ടു ദേഹത്തില് എന്ന പോലെ ഞാൻ വേണം പറയാൻ ദേഹത്തില് എന്ന പോലെ അധിയജ്ഞനായിട്ട് എന്നുവച്ചാൽ അന്തരയാമിയായിട്ട് ഭഗവാൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണു ഇപ്പോ ചോദ്യം അവസാന കാലം ഭഗവാനെ എങ്ങനെ സ്മരിക്കും എന്നാണ് ആ അവസാന കാലം എന്നുള്ളതും നമ്മൾ ഇന്നലെ കുറച്ച് നിരൂപണം ചെയ്തു കാലം എന്താണ് എന്ന് നിരൂപണം ചെയ്തു ടൈം അവസാന എന്ന് പറയുമ്പോ ഉടനെ ഭാവനയ്ക്ക് വരണത് വയ്യാതായി ചുമച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കാലാണ് കാലം തന്നെ എന്താണ് കാലത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ഇന്നലെ വിസ്തരിച്ച് നമ്മൾ വിചാരിച്ചു കാലം ഭൂതകാലം വർത്തമാന കാലം ഭാവി കാലം ഇതില് ഭൂതകാലം എന്ന് പറയണത്തെ സ്മൃതി മാത്രാണ് ഭാവി കാലം എന്ന് പറയണത്തെ ഭാവന മാത്രാണ് വർത്തമാനം എന്നുള്ളത് അനുഭവ സ്വരൂപമാണ് എപ്പോഴും ഉള്ളത് വർത്തമാന കാലം അത്ര ആണ് ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഉള്ളൂ വർത്തമാന കാലത്തിലെ അനുഭവിക്കാൻ പറ്റുള്ളൂ ഭൂതത്തിനെ ആർക്കും അനുഭവിക്കാൻ പറ്റില്ല ഭാവി ആർക്കും അനുഭവിക്കാൻ പറ്റില്ല ബ്രെയിനിലെ ഒരു തോട്ട് വേവ് പോലെ വന്നിട്ട് പോകും ഉള്ളൂ ഇന്നലെ കഴിഞ്ഞ പ്രഭാഷണം ഇപ്പൊ പറയുമ്പോ ഒരു ചിത്തവൃത്തി അത്രയേ ഉള്ളൂ നാളെ ഉള്ളത് വന്നേക്കാം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ആര് കണ്ടു പക്ഷെ ഒരു ഭാവന ചെയ്യണം മനസ് അനുഭവം ഇപ്പോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഉപനിഷത്തെ ഇഹ ചേതവേദീ അഥ സത്യമസ്തി എന്ന് പറഞ്ഞു ഇപ്പോ ഇവിടെ ഇവിടെ തന്നെ അറിഞ്ഞാലേ ഉള്ളൂ എന്നാണ് ആത്മാവിനെ എപ്പോ അനുഭവിക്കണം ഇപ്പൊ ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പറ്റില്ല പാസ്റ്റിൽ അനുഭവിക്കാൻ പറ്റില്ല അനുഭവം എപ്പോഴും വർത്തമാനകാല സ്വരൂപമാണ് ഭാഗവതം അതുകൊണ്ടാണ് പ്രണത ശുശ്രൂഷുഹി തക്ഷണാത് കേൾക്കുന്നവന് അപ്പൊ തന്നെ പ്രത്യഭിജ്ഞ എന്നാണ് മൂക്കത്ത് കിടക്കുന്ന കണ്ണട ഇപ്പ തൊട്ട് നോക്കണ പോലെ കാലം എന്ന് പറഞ്ഞാൽ സംവി അഥവാ ബോധം എന്നാണ് അർത്ഥം എന്നും നിരൂപണം ചെയ്തു എന്നല്ല അതിൽ ചിത്തവൃത്തികൾ വരുമ്പോ ചൈതന്യത്തിൽ ഒരു ഖണ്ഡ ചൈതന്യം ഖണ്ഡിക്കപ്പെടുന്ന പോലെ തോന്നുമ്പോ കാല പറഞ്ഞു ബട്ട് വാസ്തവത്തില് ഖണ്ഡിക്കാനൊന്നും പറ്റില്ല അഖണ്ഡമാണത് എപ്പോഴും ഉള്ളത് ഇപ്പോ എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മഹർഷിയുടെ ഒരു മഹാവാക്യാണ് ഇപ്പൊ ഇരുക്കരുത് തപ്പവും ഇരുക്ക് എപ്പോ അടയപോറത് ഇപ്പോ ഇംഗയെ ഇരുക്ക് ഇപ്പോ ഇവിടെ നമ്മളുടെ അനുഭവം എപ്പോഴും ഇപ്പോ എന്നാണ് എന്റെ സിംപ്ലിസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവണോ വളരെ സിംപിളാണ് കാര്യം എന്താന്ന് വെച്ചാൽ അഹം എന്നുള്ള അനുഭവമാണല്ലോ ഇപ്പോ ഫ്യൂച്ചർ എന്ന് പറയുമ്പോ ഭവം ആണ് എന്തോ ആയിത്തിരാമ്പോണു ആയിത്തിരാമണു ആയിത്തിരാമ്പോണു ഭാവനയാണ് പക്ഷെ ഞാൻ എപ്പോഴും ഒരേ സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു ആ സ്വരൂപത്തിനെ ആണ് ഇവിടെ വർണ്ണിച്ചത് കവിം പുരാണം അനുശാസിതാരം അണോഹ അണീയാംസം ആദിത്യവർണം ഇത്രയൊക്കെ വർണ്ണന ആ അന്തര്യാമിയായ ഭഗവാൻ അവൻ കവിയാണ് കവി എന്നുള്ളതും ഇന്നലെ വിസ്തരിച്ചു കണ്ടു ക്രാന്തദർശി സർവജ്ഞ എന്നൊക്കെ പറഞ്ഞു എല്ലാത്തിനെയും സാക്ഷിയായി ഇരുന്നു കൊണ്ട് കാണുന്ന ചിദ്വസ്തു അന്തര്യാമിയായ ഭഗവാൻ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഉള്ളിൽ ഗൂഢമായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാണാത്തതും ഒക്കെ കാണുന്നത് കൊണ്ട് കവി അവനുമായി നമ്മൾ ഒന്ന് ചേർന്നാൽ നമ്മളും കവിയാവും കവിത്വം അങ്ങനെയാണ് സിദ്ധിക്കണത് അല്ലാതെ പ്രാക്ടീസ് ചെയ്ത് കവിതാ മത്സരത്തിൽ ചേർന്നിട്ടല്ല അന്തര്യാമിയായ കവിയുമായി ഞാൻ ഒന്ന് ചേർന്നാൽ ഞാൻ കവിയാവും കവിം കവീനാം എന്ന് വേദം പറയുമ്പോ ലോകത്തിലുള്ള എല്ലാ കവികൾക്കും അവനാണ് കവി എന്നർത്ഥം എല്ലാ കവിതകളും അവനെന്ന് കാളിദാസൻ കാളിയുടെ കൃപ കിട്ടിയപ്പോ കാളിദാസന് തന്റെ പൂർവ്വമൊക്കെ മറന്നുപോയിരിക്ക അപ്പൊ തന്നോട് ചോദിക്കുക കാളി കാളിയോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നും എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ കാളി നാവിൽ എന്തോ എഴുതി അസ്ഥി കഷിദ് വാഗ്വിശേഷ എന്ന് എഴുതിയത്ര കാളി അപ്പോ പെട്ടെന്ന് പഴയതൊക്കെ മറന്നുപോയി ആ റാണിയെ കല്യാണം കഴിച്ചതൊക്കെ മറന്നുപോയി അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പൊ കാളി പറഞ്ഞത് നീ കാളിദാസനാണെന്നല്ല പറഞ്ഞത് ത്വമേവാഹം ന സംശയ ത്വമേവാഹം ന സംശയ ഞാൻ നീ നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു അത്ര കവിത്വം അങ്ങനെയാണ് സിദ്ധിച്ചത് സംക്രമിച്ചു എന്നാണ് അപ്പൊ കവി എന്ന് വെച്ചാൽ ആത്മജ്ഞാനി എന്നർത്ഥം പറയാം ഭഗവാൻ എന്ന അർത്ഥം പറയാം രണ്ടർത്ഥമേ പറയാൻ പാടുള്ളൂ എന്നാണ് കവിത എഴുതുന്ന ആള് എന്ന് പറയാൻ പാടില്ല ആത്മജ്ഞാനി എന്ന് പറയണം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയണം ഈ രണ്ടു പേർക്ക് കവിത്വം കൽപ്പിച്ചുകൊടുത്തിട്ടുള്ളൂ ശാസ്ത്രകാരന്മാർ നാൻ ഋഷി കവിഹി ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് പറഞ്ഞു അതാണ് നിരൂപണം അപ്പോ കവിം പുരാണം ഈ അന്തര്യാമിയായ വസ്തു എപ്പോഴും ഒരേ പുരാതനം എല്ലാ കാലത്തും ഒരേ പോലെ ഉണ്ട് അല്ലേ എത്ര വർഷമായിട്ട് പതിനാല് വർഷമായി ഗീത കേൾക്കണോ ഞാൻ അതേ ആള് തന്നെയാണ് ശരീരം മാറി മനസ് മാറി ഒക്കെ മാറിയപ്പോഴും ആ കേൾക്കുന്ന ആൾ അതേ അനുഭവമാണ് ഞാൻ തന്നെയാണ് കേട്ടത് വേറെയാളല്ല പതി പതിമൂന്ന് വർഷം മുമ്പ് കേട്ട ആള് തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത് ആ സാതത്യം ഉണ്ട് അനുസ്യൂതം ശരീരം മാറുമ്പോഴും ചിലപ്പോൾ നമ്മളുടെ ചില ആശയങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും എന്റെ ഇരുപ്പ് മാറിയിട്ടില്ല പുരാണം ശരി ഇത്ര പഴയ ആളല്ലേ എനിക്ക് ആകെ പാടെ എന്നെ തന്നെ ബോർ അടിച്ചു പോയിന്ന് തോന്നുന്നുണ്ടോ ഇല്ല എപ്പോഴും എനിക്ക് എന്നെയാണ് ഇഷ്ടം ഏറ്റവും പ്രിയം തന്നിലാണ് അതുകൊണ്ട് പുരാതനം അധുനാഭിനാണ് അതാണ് പുരാണം ശരി അനുശാസിതാരം യോ അന്തരോ യമയതീ വേദം തന്നെ പറഞ്ഞു ഉള്ളിലിരുന്ന് നമ്മളെ അങ്ങടും ഇങ്ങടും ഒക്കെ ആട്ടി വെക്കുന്ന വസ്തു ചലിപ്പിക്കുന്ന വസ്തു ഈശ്വരൻ അന്തർയാമി നമ്മൾ ഉറങ്ങുമ്പോ സ്വപ്നം കാണിക്കണു സുഷുപ്തിയിൽ ഉറക്കമായിട്ടിരിക്കുന്നു ഉള്ളിൽ വിശപ്പായിട്ട് വരുന്നു വെളിയിൽ അന്നമായിട്ട് വരുന്നു ഗർഭത്തിൽ ഇരിക്കുമ്പോ ഗർഭത്തിൽ അന്നം കൊണ്ടു തരുന്നു പുറത്തു വന്ന അമ്മയായിട്ടിരിക്കണു അച്ഛനായിട്ടിരിക്കണു ആവശ്യം വരുമ്പോൾ വസ്തുക്കളുടെ രൂപത്തിൽ വരുന്നു ദാഹമായിട്ട് വരുന്നു ജലമായിട്ട് വരുന്നു എല്ലാം ഒരേ വസ്തു അനേകമായിട്ട് പ്രകാശിക്കുന്നു ഒരേ ചൈതന്യം അനേകമായിട്ട് പ്രകാശിക്കുന്നു ഉള്ളിൽ നമുക്കും പ്രോംറ്റിങ്സ് തന്നുകൊണ്ടിരിക്കുന്നത് അനുശാസിതാരം അനുശാസനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ നമ്മളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈശസ്യ ഹി വശേലോക ുമീ യഥാന്ന് ഈശ്വരൻ കളിപ്പാട്ടങ്ങളെ കളിപ്പിക്കുന്ന പോലെ നമ്മളെ കളിപ്പിക്കുന്നു എന്ന് മഹാബലി പറയുന്നതാണ് ഭാഗവതത്തില് ഈശ്വരൻ നമ്മളെ കളിപ്പിക്കുന്നു ചരട് വലിക്കുന്ന ആളില് ചരട് പുറകെ വലിക്കുന്ന ആളെ കണ്ടവനറിയാം ഞാൻ വെറും കളിപ്പാട്ടാണ് അതുകൊണ്ട് എങ്ങനെ കളിക്കാൻ പറഞ്ഞോ അങ്ങനെ കളിക്കാം എവിടെ വെച്ചോ അവിടെ ഇരിക്കാം എന്ത് റോള് തന്നോ ആ റോള് കളിക്കാം അനുശാസിതാരം അണോ അണീയാംസം അതിസൂക്ഷ്മവസ്തു അതുകൊണ്ടാണോ നിങ്ങളുടെ മൈക്രോസ്കോപ്പിനൊന്നും വിഷയമാവാത്തത് അതിസൂക്ഷ്മവസ്തു അണോരണീയാംസം സർവസ്യധാതാരം എല്ലാവരുടെയും രക്ഷിതാവാണ് ധിഷ്ഠാനമാണ് ഗർഭത്തിൽ കിടക്കുമ്പോ രക്ഷിച്ചു അല്ലേ ഗർഭത്തിൽ നമ്മളാണോ നോക്കിയത് നമ്മൾ നമ്മളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ഇത്ര വിഷമിക്കുന്നുണ്ടല്ലോ നമ്മളാണോ ഗർഭത്തിൽ കിടക്കുമ്പോൾ നോക്കിയത് ശിവാജി ധാരാളം പണിക്കാരെ വെച്ച് കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല ഉദാര ഹൃദയമാണ് എല്ലാവർക്കും ധാരാളം പണം കൊടുക്കും ഭക്ഷണം കൊടുക്കും അപ്പൊ സമർത്ഥ രാമദാസ് ശിവാജിയെ കാണാൻ വന്നു ശിവാജി സമർത്ഥ രാമദാസിനെ കൂട്ടിക്കൊണ്ട് കോട്ടയൊക്കെ കാണിച്ചു കൊടുക്കണം നമ്മളുടെ ഉശിരില്ലാത്ത ഹിന്ദുമതത്തിൽ ആകപ്പാടുണ്ടായിരുന്ന ഒരേ ഒരു സിംഹമാണ് അദ്ദേഹം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ നമുക്ക് അഭിമാനിച്ചു പറയാം ബാക്കിയൊക്കെ ഉണക്കത്തൂങ്ങിയതാണ് ആ ശിവാജി ഉണ്ടാക്കിയെടുത്തതോ സമർത്ഥ രാമദാസ് ആണ് ഉം കാഞ്ചി പരമാചാര്യർ മഹാരാഷ്ട്രയെ പോയി മഹാരാഷ്ട്രയിലെ തീർത്ഥ പദയാത്ര നടക്കുമ്പോൾ മഠത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഇന്ന സ്ഥലത്തേ പോകാൻ പാടുള്ളൂ ഇന്ന സ്ഥലത്ത് പോവാൻ പാടില്ല നിയമങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് യാത്ര ചെയ്യുള്ളു അപ്പൊ പദയാത്രയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ സത്താറയ്ക്ക് അടുത്ത് വെച്ച് ഒരു മഹാരാഷ്ട്രൻ ഒരു ആർ കാരനാണ് അദ്ദേഹം വന്നിട്ട് ചന്ദ്രശേഖരേന്ദ്രസരസ്വതി സ്വാമിയുടെ അടുത്ത് പറഞ്ഞു ഇവിടെ സജ്ജനഘാട്ടില് സമർത്ഥ രാമദാസിന്റെ സമാധിയുണ്ട് അങ്ങനെ കാണണമെന്ന് പറഞ്ഞു അപ്പോ സ്വാമികൾ പറഞ്ഞു മഠത്തിന്റെ നിയമം പ്രകാരം വേറെ സമാധി സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല നിങ്ങൾക്ക് അതുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് വരാൻ പറ്റില്ലാന്ന് പറഞ്ഞു വളരെ രോഷമെന്ന് പോയി മൂപ്പർക്ക് അപ്പൊ രോഷത്തോടെ അയാള് പറഞ്ഞു ശരി നിങ്ങൾ വരണ്ട ഒരു കാര്യം മാത്രമേ അറിഞ്ഞോളൂ അദ്ദേഹം മാത്രം ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇന്ന് ദണ്ടും പിടിച്ച് നടക്കില്ലായിരുന്നു വരാപ്പ അടുത്ത ക്ഷണം വളരെ സ്നേഹത്തോട് വരാപ്പ യാതൊരു എതിർപ്പും പറയാതെ പുറകെപ്പം അടുത്ത ദിവസം പറഞ്ഞു കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു നല്ല പനി അന്ന് നല്ല പനിയൊക്കെ ആയിരുന്നു ശരീരത്തിന് വയ്യ അതും വെച്ചുകൊണ്ട് നടന്ന് ആ മലയൊക്കെ കയറി അവിടെ പോയി കണ്ടിട്ട് വന്നു സമൃദ്ധരാംദാസ് ശിവാജിയെ വഴി കാണിച്ചത് അദ്ദേഹമാണ് ബിജാപൂർ സുൽത്താൻറെ അടുത്ത് തോറ്റിട്ട് ഓടുകയായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കണം എന്നുള്ള ഒരു ആശയ അധികം ആൾബലൊന്നുമില്ല കുറച്ച് മൂന്നാലു പേരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടതാണ് കാടുകളുടെ ഉള്ളും മലയിലും പൊന്തിലും ഒക്കെ ആയിട്ട് എലി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവര് മുസ്ലിം മുഗൾ രാജാക്കന്മാരെ എന്താണെന്ന് വെച്ചാൽ എലി ഈ ചന്തലും പൊന്തിലും ഒക്കെ പോയി നിക്കണ പോലെ എവിടെ പോയി ഇരിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ അതുപോലെ അപ്പോ കാട്ടിലൂടെ ഈ സുൽത്താൻറെ അടുത്ത് തോറ്റിട്ട് പോവാണ് ഇനി എങ്ങനെ പിടിക്കും ഒരു വഴിയും കാണാനില്ലല്ലോ അങ്ങനെ പോകുമ്പോഴാണ് ദാഹം കാട്ടില് പോയി ആ ഇന്ദ്രായണി നദിയില് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചപ്പോ ഒരു ബുർജ വൃക്ഷത്തിന്റെ ഇല എല ഇങ്ങനെ വരിയായിട്ട് ഒഴുകി വരുന്നുണ്ട് വെള്ളത്തില് അതില് എഴുതിയിരിക്കുകയാണ് ദാസാഭിമാനിയായ രാമൻ ഭക്തനെ ഉപേക്ഷിക്കില്ല എന്ന് മരാട്ടിയില് എന്താ പാട്ട് രാമ ദാസാഭിമാനി അല്ലേ ജനയിലൊക്കെ വരുന്നുണ്ടല്ലോ അതിങ്ങനെ എഴുതി എഴുതി ഇങ്ങനെ ബുർജ വൃക്ഷ വിലയിൽ അത് കണ്ടപ്പോ ഇത് ആരാ എഴുതിയിട്ടിരിക്കണത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സമൃദ്ധരാമദാസിനെ ഫസ്റ്റ് കാണുകയാണെന്നും അവിടെയുള്ള ഒരു അമ്മയുടെ എടുത്ത് പറഞ്ഞു വിശന്നു വന്നിരിക്കുകയാണ് ചോറ് കൊടുക്കും നല്ല ചുടു ചുടു ചോറും നല്ല ചൂടായിട്ട് ചോറ് കൊടുത്തു അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് കുഴമ്പമൊഴിച്ചു കൊടുത്തിട്ട് നടുക്ക് പോയി കൈവച്ചു ശിവാജി അപ്പൊ സമർത്ഥ രാമദാസ് പറഞ്ഞു നടുവില് കൈവെച്ച ചുടും വശത്തില് വശത്തിലായിട്ട് എടുത്ത് ഉണ്ടണം എന്ന് പറഞ്ഞത്രേ നടുക്ക് പോയി കൈവയ്ക്കരുതെന്ന് അത് ആദ്യ പാടായിരുന്നു അപ്പൊ ശിവാജി തീരുമാനിച്ചത്രേ ഇങ്ങനെ വേണം ആക്രമിക്ക് നടുക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ പാടില്ല വശങ്ങളിൽ സൈഡ് സൈഡ് സൈഡ് സൈഡും തുടങ്ങണമെന്ന് അങ്ങനെയാണ് സമർത്ഥരാമദാസ് ആദ്യമായിട്ട് ശിവാജിയെ പഠിക്കണത് നീ എവിടെ പോകുമ്പോഴും എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞത്രേ റിപ്പോർട്ട് ചെയ്തിട്ട് പോകും അങ്ങനെ പതുക്കെ കഥ അങ്ങനെ അപ്പോ കോട്ടയിൽ ഒരു ദിവസം കോട്ട കാണിച്ചു കൊടുക്കാണ് ശിവാജിയെ കൂട്ടിക്കൊണ്ടുവന്ന് കോട്ടയൊക്കെ കാണിച്ച് സമൃദ്ധരാമദാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാണ് അപ്പൊ ധാരാളം പണിക്കാരുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടത് ഉദാരമായിട്ട് കൊടുക്കണ്ടല്ല അപ്പൊ സമൃദ്ധരാമദാസിന് കണ്ടു ശിവാജിക്ക് ഒരു സന്തോഷമുണ്ട് ഇത്രയും ആളുകളെ ഞാൻ പോറ്റുണ്ടല്ലോ എന്നൊരു സന്തോഷം അപ്പോ അവിടെ ഒരു വല്യ പറ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ആ കൂടം കൊണ്ട് ഈ പാറ അടിക്കാൻ പറഞ്ഞു കൂടം കൊണ്ട് ആ പാറ അങ്ങോട്ട് അടിച്ചപ്പോ പാറ അങ്ങോട്ട് പൊളിഞ്ഞു പൊളിഞ്ഞപ്പോ അതിനകത്തൊരു തേര ഒരു തവള ചെറിയ തവള അതിനെ കാണിച്ച് അത് അതിനകത്ത് ജീവനോട് ഇരിക്കുന്നുണ്ട് ഈ പാറ പൊളിച്ചപ്പോ അതിന്റെ ഉള്ളില് അത് കാണിച്ചിട്ട് ശിവാജിയോട് ചോദിച്ചത്രേ ഈ തവളക്ക് നീയണോ ഭക്ഷണം കൊടുക്കണ ചോദിച്ചത്രേ സർവസ്യധാതാരം യു ആർ ഓൺലി അൻ ഇൻസ്ട്രുമെന്റ് എല്ലാവർക്കും കൊടുക്കണത്തിന് നിനക്ക് ഭഗവാനൊരു വഴി വെച്ചിരിക്കണോ അത്രേ ഉള്ളു അമ്മ കുട്ടിക്ക് പാല് കൊടുക്കണു പാല് അമ്മയാണോ കൊടുക്കണത് പാൽ എവിടുന്നോ വരണു അല്ലേ അമ്മ അമ്മ ഉണ്ടാക്കുന്നുണ്ടോ പാല് ഒരു കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞ് സർവേശ്വരൻ നിശ്ചയിച്ച് കുഞ്ഞ് ജനിച്ചപ്പോ ആ മാതാവിന് പാല് കൊടുത്തിരിക്കണോ അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ സ്ത്രീക്കില്ല അവൾ സ്ത്രീ മാത്രാണ് അവളുടെ ഉള്ളിലൂടെ പാല് ചൊരത്തുന്ന ഏതൊരു ശക്തി ഉണ്ടോ ആ ശക്തിക്കാണ് അമ്മാന്ന് പേര് അത് തത്കാലത്തേക്ക് ആ സ്ത്രീയിലെ മാനിഫെസ്റ്റാവാണ് സ്ത്രീയസമസ്താഹ തവദേവി ഭേദാ യാത്ര സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത മാതൃത്വം തത്കാലത്തേക്ക് അവിടെ വന്നു ആ കുഞ്ഞിനെ പോറ്റാനായിട്ട് ഈശ്വരന്റെ ധാതൃത്വം ദാതാവായ ഭഗവാൻ ആ അമ്മയിൽ വന്നു അച്ഛനിൽ വന്നു പ്രകൃതിയിലൊക്കെ വന്നു ഭഗവാന്റെ ആ ധാതാ സർവസ്യ ധാതാരം എവിടെ നോക്കിയാലും നമുക്ക് കാണാം ആ സംരക്ഷണ ശക്തി സമയത്തിൽ മഴ പെയ്യുന്നു ഇല്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങളുടെ വിത്ത് ഓൾ യുവർ ഡെവലപ്മെന്റ്സ് ഈ ഒരു വർഷം വൃഷ്ടിയേ ഇല്ലാതെ അങ്ങടായി വെച്ചോളൂ ഒറ്റ മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ഭഗവാൻ തീരുമാനിക്കുകയാണ് ഞാൻ ലീവെടുക്കാൻ പോവുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടേക്കുമ്പോ കരുണെ അറിയണില്ല സമയത്തിന് സമയത്തിന് മഴ പെയ്യുന്നു നമ്മളൊക്കെ നിയമങ്ങളൊക്കെ ധരിച്ചാലും സൂര്യൻ പ്രകാശിക്കണം ആ പ്രകാശം കുറച്ചൊന്ന് കൂടിയാ ബുദ്ധിമുട്ടാണ് കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാണ് സൂര്യ വെളിച്ച ഇല്ലാതെ മഴ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ തരം ജന്തുക്കൾ അപകടമായ വിഷ ജന്തുക്കളാ ആ ബാലൻസ് ഇത്തിരി ഒന്ന് മാറിയാൽ മതി നമുക്ക് കാണാം നമ്മളെ പിടിച്ചു തിന്നാനുള്ള ക്രീച്ചേഴ്സൊക്കെ നേച്ചറിൽ തന്നെ ഉണ്ടാവും ഇപ്പൊ തന്നെ നോക്കും നല്ലവണ്ണം മഴ പെയ്തു കഴിഞ്ഞാൽ വലിയൊരു ശങ്കുപ്പ് പുതിയൊരു അവതാരമാണത് കാല് തട്ടിക്കഴിഞ്ഞാൽ വിഷാണ് അപകടമായിട്ടുള്ള സാധനം ഇങ്ങനെ പെരുത്ത് പെരുത്ത് പെരുത്ത് വരുന്നു ഒന്നും നല്ലവണ്ണം മഴ പെയ്തു അത് നല്ലവണ്ണം ഒന്ന് വെയിലടിച്ചു കഴിഞ്ഞാ പോയി അത് കമ്പിളിപ്പുഴു മഴയും വെയിലും കൂടെ ഇങ്ങനെ കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ വരും നല്ലവണ്ണം വെയിലടിച്ചാൽ പോകും ഒന്ന് ആലോചിച്ച് നോക്കും ആ സ്ഥിതി അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല കമ്പിളിപ്പുഴു എന്നറിഞ്ഞിട്ട് ആ ഋതം ഇതിനാണ് വേദം ഋതം എന്ന് പറയുന്നത് ആ ഋതം എങ്ങനെ നിക്കണു പ്രകൃതിയില് ഭീഷാസ്മാധുവാതഃപ്പവത്തെ ഭീഷോദേ ആരെയോ ഭയന്നിട്ട് എന്ന പോലെ ആ താളം നിക്കണു എന്നാണ് ഇതൊന്ന് വേതാളായ മതി ഇതൊന്ന് ചലിച്ചാ മതി ഒന്ന് മാറിയാ മതി ഒരു ചെറിയ കോമ്പിനേഷൻ ഒന്ന് മാറിയാൽ ആര് കണ്ടു ഭൂതങ്ങളൊക്കെ ഉണ്ടാവും ഈ ശംഖും ഈ ശംഖുപോലെയുള്ള സാധനം എന്താ ആ പുഴുവൊക്കെ ഉണ്ടാവുന്ന പോലെ ഭയങ്കരമായ ചിലതൊക്കെ ഉണ്ടാവും ഒരു ദിവസം മതി ഇവിടുത്തെ മനുഷ്യരാശിയൊക്കെ അവസാനിപ്പിക്കാൻ അങ്ങനെയൊന്നുമില്ലാതെ പിതാഹമസ്യ ജഗതഹ മാതാ ധാതാ പിതാമഹ ഞാൻ അമ്മയാണ് അച്ഛനാണ് സംരക്ഷണനാണ് മുത്തശ്ശനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഭഗവാൻ എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു വെച്ച് സമയത്തിന് അരി ഉണ്ടായിട്ടില്ലെങ്കിൽ പഴയ കാലത്ത് പറയും അരി ക്ഷാമം വന്നാൽ മുള പൂക്കും എന്നാണ് ഒരു ചൊല്ലേണ്ടത് അരി ക്ഷാമം വന്നാൽ മുള പൂക്കും ഇതൊക്കെ പ്രകൃതിയിൽ കണ്ടാൽ ഈ ശ്ലോകമൊക്കെ വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ് നമുക്ക് ഭഗവാന്റെ കാരുണ്യ ശക്തി കാരുണ്യം എന്ന് പറയണത് പ്രകൃതിയിലുണ്ട് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ എടുത്തു പറയേണ്ടത് ചിത്രം വളരെ ശുദ്ധമായി കഴിഞ്ഞാൽ ഈശ്വരദേഹ സമ്പർക്കും ഒരു വാക്കുണ്ട് അതായത് ഈശ്വരദേഹത്തിനോട് സമ്പർക്കം ഈശ്വരന്റെ ദേഹം എന്താ കാരുണ്യമാണ് അത് ശുദ്ധ നിർഗുണമായ ബ്രഹ്മമല്ല അത് മാതാവാണ് പിതാവാണ് സംരക്ഷകനാണ് അനുശാസിതാവാണ് അതൊക്കെയാണ് ഈ ശ്ലോകത്തിലെ സഗുണ സഗുണമായ മൂർത്തിയാണ് സാഹാരത്തിന്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെയാണ് അവിടെ പറഞ്ഞത് ഇത് നമ്മൾ കണ്ണു തുറന്ന് കാണണം പ്രകൃതിയിൽ അരി പൂത്തിട്ടില്ലെങ്കിൽ അരി തീർന്നു പോയാൽ നമ്മൾക്കൊന്നും ഇപ്പം കാരണം കേരളത്തിൽ അരിയല്ലോ നമുക്ക് അരി പണ്ട് കുറച്ച് പാലക്കാടും കുട്ടനാടും കേരളത്തിൽ അരി ഉണ്ടായിരുന്നു ഇപ്പൊ പാലക്കാട് ആ വയലൊക്കെ തന്നെ ഫ്ലാറ്റ് ആയിരിക്കണം കെട്ടിടങ്ങളായിരിക്കണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടികയും സിമെന്റ് തിന്നേണ്ടി വരും മനുഷ്യന് ഇപ്പൊ അരി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അവിടെയും പതുക്കെ പതുക്കെ ടെൻഡൻസി മാറിക്കഴിഞ്ഞു പണിയാൻ ആരും പോകുന്നില്ല പണിക്കാരെ കിട്ടണില്ല ആന്ധ്രക്കാരും പറഞ്ഞു തുടങ്ങിയിരിക്കണം ആട്ടെ അപ്പോ ഇവിടെ ചൊല്ലാണ് ചൊല്ലണ്ട് അരി കിട്ടാതാവുമ്പോ മുള പൂക്കും മുള പൂക്കുന്നത് ഒരു ത്യാഗാണെന്നാണ് പറയാ എന്ന് വെച്ചാൽ മുള പൂക്കുക മുള പൂത്ത് കഴിഞ്ഞാൽ അതിന്റെ അരിയെടുത്ത് കഞ്ഞുവെച്ച് കുടിക്കും ഇത് ഉണ്ടായിട്ടുണ്ട് നിങ്ങളിപ്പോ വയസ്സായിട്ടുള്ളവര് ഒരുപക്ഷെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളവരാണെങ്കിൽ അങ്ങനത്തെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കേട്ടിരിക്കില്ലേ അത് കൃഷിയൊക്കെ ആയിട്ട് പരിചയമുള്ളവർക്കാണെങ്കിൽ അതറിയാം മുള പൂത്ത് കഴിഞ്ഞാൽ മുളയുടെ ആ അരി പോലെ ഉള്ളത് അത് കഞ്ഞി വെച്ച് കുടിക്കും എന്താന്ന് വെച്ചാൽ അരി കിട്ടാനില്ല അത് കഞ്ഞിവെച്ചു കുടിച്ചു കഴിഞ്ഞാൽ മുള കഴിഞ്ഞു പിന്നെ ആ മുള നിൽക്കില്ല അതോടെ ആ മുളയുടെ കാര്യം കഴിഞ്ഞു അതടക്കം സർവസ്യധാതാരം എന്ന് പ്രൊട്ടക്ടർ ഈ ജോണ്ടീസ് ഒക്കെ വന്നാൽ ഈ സിറ്റിയിലുള്ളവരടക്കം പറഞ്ഞിട്ടുണ്ട് ജോണ്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ളാറ്റ് ഇറങ്ങി ഇങ്ങനെ നടന്നാൽ എവിടെങ്കിലും കീഴാർന്നെല്ലി ഉണ്ടാവും അടുത്ത് തന്നെ ഇവിടെ ഇത് ഇങ്ങനെ മുളയ്ക്കോ എന്ന് ആശ്ചര്യപ്പെടും നമ്മൾ എന്നുവെച്ചാൽ അതിന്റെ അടുത്ത് തന്നെ ഭഗവാൻ അത് കൊണ്ടുവയ്ക്കും എന്നാണ് നിയമാണത് സർവസ്യധാതാരം വിശക്കുമ്പോ എവിടെയെങ്കിലും ഭക്ഷണം ഹിമാലയത്തില് ബദ്രിക്ക് മുകളിൽ പോയി താമസിക്കും ചിലര് അപ്പതിവുണ്ട് അവിടെ ചില ഗുഹയൊക്കെ ഉണ്ട് അത് ഇപ്പോഴൊന്നും സമ്മതിക്കണില്ല മിലിറ്ററിക്കാര് സമ്മതിക്കണില്ല എങ്കിലും ചിലർക്കൊക്കെ ഒരു സ്പെഷ്യൽ പെർമിഷൻ കൊടുത്ത് ഈ ഇത് കഴിയുമ്പോ അതായത് ഈ വിന്റർ സീസണില് അവിടെ മുഴുവൻ പൂട്ടിയിട്ട് ചോട്ടില് വരുമല്ലോ അപ്പോഴും താമസിക്കണവരുണ്ട് കുറച്ചുപേരെ അപ്പൊ അവിടെ താമസിക്കുന്ന ഒരു കൂട്ടര് ഒരാള് പറഞ്ഞു എന്നോട് ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഭക്ഷണത്തിനൊക്കെ അറേഞ്ച്മെന്റ് അത് എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് ഉണ്ടാവും അവിടെ താമസിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും വിശന്നിരുന്നാലും നാപ്പത്തിയെട്ട് മണിക്കൂറിനകം ഭക്ഷണം എത്തും എന്നാണ് നാപ്പത്തിയെട്ട് മണിക്കൂറിന് മേലെ ഒരാളും ഭക്ഷണി കിടക്കില്ല നിയതിയാണത് ഏകദേശം അങ്ങനെയാണെന്നാണ് എന്നുവെച്ചാൽ ഭഗവാന്റെ ചുമതലയാണത് സർവസ്യ ധാതാറം ഗർഭത്തിനുള്ളിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുത്ത ആള് ഗർഭത്തിന് പുറത്തു വന്നിട്ട് മരിച്ചുപോയിട്ടൊന്നുമില്ലല്ലോ ശരി അദ്ദേഹത്തിന് നമ്മൾ കാണാനോ പിടിക്കാനോ ഒന്നും വയ്യല്ലോ അചിന്തിരൂപം സദാ നമ്മളുടെ ഉള്ളില് നമ്മളുടെ തന്നെ സ്വസ്വരൂപമായി ആത്മാവായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം സർവാനുഭൂഹു എല്ലാവരുടെ അനുഭവത്തിൽ അഹം അഹം എന്ന അനുഭവ രൂപത്തിൽ സിദ്ധമായിരിക്കുന്നത് കൊണ്ട് ആദിത്യവർണം സൂര്യനേക്കാളും സ്വയം പ്രകാശമാനനാണ് സൂര്യനു തുല്യം പ്രകാശിക്കണു എന്ന് പറഞ്ഞാൽ സൂര്യൻ പോലും പ്രകാശിക്കാൻ ഹേതുവായിട്ടിരിക്കുന്ന അന്തര്യാമി എന്നർത്ഥം ഇരുട്ടിലും വിളങ്ങുന്ന വസ്തു തമസപരസ്ഥാത് ഇങ്ങനെയൊക്കെയുള്ള അന്തരീയാമിയായ ഭഗവാന് അനുസന്ധാനം ചെയ്ത് ആ ഭഗവാനോട് വർത്തമാനം പറയണം ആ കമ്മ്യൂണിക്കേഷൻ സാധാരണ ലാംഗ്വേജല്ല നമ്മൾ ഈ തമിഴ് മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചത് ആ ലാംഗ്വേജ് അല്ലാത്ത ലാംഗ്വേജ് നമുക്ക് പിടിവിട്ടു പോയിരിക്കണം ആ ലാംഗ്വേജില് അന്തര്യാമിയായ ഭഗവാന്റെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷനാണ് ആ ലാംഗ്വേജ് ആണ് ഭക്തി ഭക്തിയുക്ത രാമകൃഷ്ണദേവൻ പറയും ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അമ്മ ഇങ്ങനെ പറഞ്ഞു ആളുകൾക്കൊക്കെ ആശ്ചര്യമാണ് എന്ത ഈ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുക ദേവി ആ വിഗ്രഹം വെറും കല്ല് നമ്മളും പോയാ ദക്ഷിണേശ്വരത്ത് പോയാ കാണാം ഭയങ്കരമായിട്ട് നാവ് നീട്ടി നിൽക്കണ കാളി രാമകൃഷ്ണദേവൻ ഞാൻ അമ്മയുടെ അടുത്ത് പോയി വർത്തമാനം പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആരാ സംസാരിക്കണത് അന്തർയാമി എങ്ങനെ സംസാരിച്ചു അത് ആ സംസാരിച്ച് നോക്കിയ ആളുകൾക്കേ അറിയുള്ളൂ അതിന്റെ ഉത്തരവും അതിനോടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ അത് നമ്മളുടെ ബാഹ്യമായ ഭാഷയല്ല നമ്മളെ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഭഗവാൻ പറയണു നിനക്ക് എന്നോട് സംസാരിക്കാമെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരനോട് സംസാരിച്ചൂട ഈശ്വരൻ ആരാ അന്തർയാമിയാണ് അന്തർയാമിയായ ഭഗവാനോട് എങ്ങനെ സംസാരിക്കും ആവോ അതൊരു ഭാഷയാണ് അത് സാധാരണ ഭാഷയല്ല അത് മാത്രമാണ് വാസ്തവത്തിലെ ഭാഷ നമ്മൾ ഈ തമിഴും മലയാളവും പഠിച്ചു വെച്ചത് ആ ഭാഷ മറന്നുപോയി നമുക്ക് നായ്ക്കും പൂച്ചയ്ക്കും ആടിനും എലിക്കും ഒക്കെ കുറച്ചൊക്കെ അതറിയാം വയറ്റളക്കം വരുമ്പോഴേക്കും അതിങ്ങനെ മണത്തും മണത്തും ഒരു പുല്ലൊക്കെ പോയി തിന്നും അല്ലേ ആര് പറഞ്ഞു കൊടുത്തു ആരോ പറഞ്ഞു കൊടുത്തു ഇത് തിന്നു അനുശാസിതാരം സുനാമി വരുമ്പോഴേക്കും നാട്ടിൽ നിന്ന് വിട്ടോ എന്ന് പറഞ്ഞു കെട്ടിയിടാത്ത മൃഗങ്ങളൊക്കെ സ്ഥലം വിട്ടു നമുക്ക് ഉള്ള മെഷീൻ ഒക്കെ വെച്ച് ചക്കറൊക്കെ വെച്ച് അൾ റഡാറൊക്കെ വെച്ച് ഒന്നും പിടികിട്ടില്ല സുനാമി വരുന്നതിന് മുമ്പ് ഈ മൃഗങ്ങൾക്ക് റെഡാർ ഇല്ല ഈ മൃഗങ്ങൾക്ക് പുറമേ നിന്നുള്ള വേവ്സ് പിടിച്ചെടുക്കാനുള്ള ശക്തി ഇല്ല അവർക്ക് ഫിസിക്സ് ഇല്ല അവർക്ക് അസ്ട്രോളജി അസ്ട്രോണമി ഒന്നുമില്ല അവരുടെ അടുത്തൊക്കെ ഉള്ളിലിരിക്കുന്ന അനുശാസിതാവ് പറഞ്ഞു സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു അവരൊക്കെ പോയി നമ്മൾ ഈ റെഡാർ നോക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പോഴേക്കും സുനാമി നോക്കിക്കൊണ്ടുപോയി അനുശാസിതാരം അഹങ്കാരാണ് ഈ മനുഷ്യന് അഹങ്കാരം അഹങ്കാരം കാരണം ഈ അന്തമിയായ അനുശാസിതാവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല കവിം പുരാണം അനുശാസിതം അണോ അണീയാംസം അനുസ്മരിതാരം അചിന്യൂപം ആദിത്യവർണ്ണം തമസ പ്രയാണകളെ റൂട്ട് മാപ്പ് ഒന്നും നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത യാത്രയാണ് വാഹനമൊന്നും യാത്രയാണ് പുറമേക്ക് വഴികാട്ടികളൊന്നും യാത്രയാണ് പക്ഷെ വേണമെങ്കിൽ ആ ഈശ്വരൻ മുമ്പിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന യാത്രയാണ് ഏഹി ഏഹി അഗ്നി മുമ്പിൽ വന്ന് നിൽക്കുക ഇയാളെ കൂട്ടിക്കൊണ്ടു ആ ആന്തരികമായ പഥം ഉള്ളിലുള്ള അവ്യക്തവർത്മ ഭാഗവതത്തിൽ പറണ്ട് പുറപ്പെടാൻ തയ്യാറായ യോഗീശ്വരൻ അവ്യക്തവർത്തുമനി അധിവിതാത്മാ പുറമേക്കറിയാത്തതായ ആ അവ്യക്തമാർഗത്തിലൂടെ ടേക്ക് ഓഫ് ആകാൻ തയ്യാറായിട്ട് നിന്നു എന്നാണ് ആ അവ്യക്തവർത്തുമാവാണ് ഇവിടെ പറയാൻ പോണത്തെ അവ്യക്ത മാർഗം വളരെ ഗഹനമായ വിഷയാണ് ബ്രഹ്മവിദ്യ പോലും നമുക്ക് യുക്തിക്കെങ്കിലും തെളിയും ഈ ക്രമമാർഗം യുക്തിക്ക് തെളിയണതല്ല അനുഭവ വേദ്യമായ യോഗികളുടെ സൂക്ഷ്മ മാർഗമാണ് സൂക്ഷ്മം രൂപം ഉപേത്യ പ്രയാതി എന്നാണ് മനോമയം സൂക്ഷ്മം രൂപമുപേത്യ പ്രയാതി ഇത് ചിന്മാർഗമല്ല സൂക്ഷ്മമായ മനോമയ മാർഗമായതുകൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ അത് ഭരൂമധ്യത്തിൽ എത്തുമ്പോഴേ ചിന്മാർഗം ആവുകയുള്ളൂ അതുവരക്കും അത് സൂക്ഷ്മമായ മനോമയ മാർഗമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കൺ നമ്മളുടെ ബുദ്ധിക്ക് പിടിയിട്ടില്ല ആ മാർഗമാണ് ഇനിയിപ്പോ ഭഗവാനിവിടെ പറയാൻ പോണത് ഇതൊക്കെ ശ്രദ്ധാഭക്തി പൂർവം കേൾക്കാം നമുക്ക് ഭക്ത യുക്തോ യോഗ ബലേന ഭക്തി എന്താ ആ അന്തര്യാമിയായ ഭഗവാന്റെ കൂട്ടൽ സുഹൃദം സർവഭൂതാനാം ഉം സുഹൃതം സർവഭൂതാനാം നമുക്ക് സുഹൃത്തായ ഭഗവാനുണ്ട് എന്നാണ് നല്ല ഡ്രൈവറടുത്ത് വാഹനം കൊടുത്താൽ സ്വസ്ഥമായിട്ട് പോവാം അർജുനൻ സ്വസ്ഥമായിട്ട് കൃഷ്ണൻ ഉണ്ട് എന്ന് ഇരുന്ന പോലെ നമ്മളുടെ ഡ്രൈവർ ഈ ഇന്നർ പാത്തിലുള്ള ഡ്രൈവർ ആന്തരികമായ മാർഗത്തിൽ അർജുനനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് ഭാഗവതത്തിലൊരു കഥയുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഇരുളു വന്നു ഇരുളിൽ സുദർശനം പ്രവർത്തി അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ സൂക്ഷ്മമായ മാർഗം ആ സൂക്ഷ്മ മാർഗത്തിൽ സുഹൃതം സർവഭൂതാണ് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതാണ് ധാരാളം ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ വന്നിരിക്കണോ കൂട്ടിക്കൊണ്ടു പോകാൻ അവരൊന്നും ജ്ഞാനത്തിന് യോഗ്യതയുള്ളവരായിരുന്നില്ല ഭക്തി കൊണ്ടുമാത്രം അവർക്ക് അവസാന കാലത്തിൽ അവർ കണ്ടു ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആള് വന്നിരിക്കണമെന്ന് അവിടെയൊക്കെ വഴികളൊക്കെ ഉണ്ടാവുക ഇവിടെ വഴിയുണ്ടാവുമെങ്കിൽ അവിടെ എന്തുകൊണ്ടു വഴി ഇവിടെയൊക്കെ നിങ്ങൾക്ക് വഴിയുണ്ടാവാമെങ്കിൽ അവിടെയും വഴി ആ വഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോവാൻ ആ പരമേശ്വരൻ സുഹൃത്തായിട്ട് കൂടെ അവിജ്ഞാത സഖ ആ അവിജ്ഞാത സഖാവായ ഭഗവാനെയാണ് ഇവിടെ ഭക്തിയായുക്തഹ എന്ന് പറഞ്ഞത് മാത്രല്ല യോഗബലേന ചെയ് യോഗബലം യോഗബലം എന്താ യോഗബലം കൊണ്ടാണ് ഭ്രൂമധ്യപര്യന്തം പോയി ഭക്തായുക്തവും യോഗബലേന ചെയ്വ നിരന്തര സമാധിയെ ശീലിച്ചുണ്ടാകുന്ന ചിത്തസ്ഥൈര്യമാണ് യോഗബലം നിരന്തരാഭ്യസ്ഥ സമാധിസിദ്ധ ചിത്തസ്ഥൈര്യമാണ് അതാണ് യോഗബലം എന്ന് പറയുന്നത് െ ഭ്രൂമദ്യത്തിൽ കൊണ്ടുവരുന്നു നോക്കൂ ഭ്രൂമദ്യം എന്ന് പറയുമ്പോ രണ്ട് കണ്ണിനും ഇടയ്ക്കാണ് നമ്മൾ തിലകം ധരിക്കുന്ന സ്ഥാനം അത് ഏകദേശ രൂപം ബാഹ്യമായി ഞാൻ ഇന്നലെ പറഞ്ഞു അവസാനം പറഞ്ഞു ആകാശത്തു പറക്കുന്ന പരിന്തിന്റെ നഴല് ഭൂമിയിൽ കാണപ്പെടുന്ന പോലെ അനുഭവമണ്ഡലത്തിലുള്ള യോഗിയുടെ അനുഭവത്തിന്റെ ഒരു നിഴല് മാത്രാണ് ശരീരത്തില് മൂലാധാരം മുതൽ സഹസ്രാർ പര്യന്തമുള്ള സ്പന്ദനമായിട്ട് കാണപ്പെടുന്നത് ഇനിയിപ്പോ ഈ മാർഗം പറയുന്നതിന് മുമ്പ് അല്പം ഇതിന് ശാസ്ത്രം കുറച്ച് പറയാം എന്താ ശരീരം മുഴുവനും നാടി നരമ്പുകൾ വ്യാപിച്ചു കിടക്കണം നർവസ് സിസ്റ്റം തല മുതൽക്ക് കാലുവരക്കും എല്ലായിടത്തും നാടികളും നരമ്പുകളും വ്യാപിച്ചു കിടക്കണം എവിടെ തൊട്ടാൽ എന്നെ തൊടണു എന്നുള്ള ഭാവമാണ് തലയാവട്ടെ കാലാവട്ടെ എല്ലായിടത്തും എന്നെ തൊട്ടു എന്റെ അഭിമാനത്തിലാണ് സ്പർശിക്കപ്പെടുന്നത് അല്ലേ എല്ലാം സർവത്ര വ്യാപിച്ചു കിടക്കുന്നു നാടികളും നരമ്പുകളും ഈ നാടിനരമ്പുകളും മുഴുവനും മനസ്സ് ഒഴുകുന്നുണ്ട് ഇതിലൂടെ മുഴുവനും ഇതിലൂടെ മുഴുവനും മനസ്സ് ഒഴുകുന്നുണ്ട് അതുകൊണ്ടാണ് എവിടെ തൊട്ടാലും വികാരം ഉണ്ടാവുന്നത് അമ്മ തൊട്ടാ ഒരുവിധം ഭാര്യ തൊട്ടാ ഒരുവിധം കുട്ടി തൊട്ട ഒരുവിധം പാമ്പഴങ്ങ ഒരുവിധം തവള ചാടിയ ഒരുവിധം സ്നേഹത്തോടൊന്ന് നോക്കിയാൽ ഒരുവിധത്തിലുള്ള വികാരം ദ്വേഷത്തോടെ നോക്കിയാൽ ഒരുവിധത്തിലുള്ള വികാരം ഇതൊക്കെ ശരീരത്തിൽ മുഴുവൻ യു ക്യാൻ ഫീൽ അപ്പൊ അറിയാം നമ്മളുടെ വ്യക്തിത്വത്തിന്റെ എന്തോ ഒരു ശക്തിസ്പന്ദനം ശരീരം മുഴുവൻ വ്യാപിച്ചു കിടപ്പുണ്ട് അല്ലെ ഇന്ന് പറയണു ഡി എൻ സെല്ലിന്റെ ഉള്ളില് നമ്മളുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റി മുഴുവൻ ഉണ്ടോ എന്നാണ് ഓരോ സെല്ലിന്റെ ഉള്ളിലും ഈ അമ്പലത്തില് ശിവലിംഗത്തിന് പുറകില് അനേക കണ്ണാടികൾ പീസ് പീസ് ആക്കി വെച്ച് നടുവിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ആ വിളക്കിന്റെ പ്രതിഫലനം എല്ലാ പീസസിലും റിഫ്ലക്റ്റ് ആയി കാണപ്പെടുന്ന പോലെ ഹൃദയത്തിലുള്ള ഒരു പെർസണാലിറ്റി സെന്ററിലുള്ള പെർസണാലിറ്റി ഓരോ ഡി സെല്ലിന്റെ ഉള്ളിലും അതേ രീതിയിൽ മിനിയേച്ചർ ഫാമിലുണ്ട് എന്നാണ് ഇപ്പോ ഈ അഭിമാനം എന്ന് പറയുന്ന സാധനം ഈ അഭിമാനം ഉണ്ടെങ്കിലേ മനസ്സ് പ്രവർത്തിക്കുള്ളൂ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പവർ അഭിമാനാണ് ഞാൻ ജനറൽ ആയിട്ട് ചില കാര്യം പറഞ്ഞാൽ നിങ്ങൾ ജഡമായിട്ടിരിക്കും നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുത്തുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ദിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പ അടിവയറ്റല് തലഅവടെ എവിടെയൊക്കെ എന്തൊക്കെയോ വികാരങ്ങൾ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം ഉണ്ടാക്കുന്ന ഉദ്വേഗം ജനിപ്പിക്കുന്ന എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അപ്പൊ ശരീരത്തിൽ സ്പന്ദനം അതാത് ഭാഗത്തിൽ കാണാം ഓർത്ത് നോക്കിക്കോളൂ അല്ലേ പറഞ്ഞത് വെറും വാക്കാണ് ഈ വാക്കിനെ അഭിമാനം സ്വീകരിച്ചതോടുകൂടെ മാനിച്ചതോടുകൂടെ നാടികളിൽ നിന്ന് അരമ്പുകളിലൊക്കെ അതിന്റെ പ്രതിധ്വനി കാണും അപ്പൊ അഭിമാനത്തിലാണ് സകലത നിൽക്കണത് ഈ അഭിമാനമോ ശരീരത്തിനെ ഞാനാണ് എന്ന് ധരിച്ചിരിക്കുകയാണ് പുരുഷവിധത്വം എന്ന് പറയുന്നതിന് വേദത്തില് പുരുഷവിധത്വം ഈ ശരീരം ഞാനാണ് അന്നമയമാത്മാനം ഞാൻ ഈ അന്നമയമായ ആത്മാവാണ് ഞാൻ ഭക്ഷിക്കുന്നു ഇത് മുഴുവൻ ഈ ശരീരം മുഴുവൻ ഞാനാണ് എന്ന് ധരിച്ചിരിക്കുകയാണ് പുരുഷവിധ ഇതാണ് ഏറ്റവും സ്ഥൂലമായ മണ്ഡലം ഇവിടെ തല മുതൽ ഏകദേശ ഇടുപ്പ് പൃഷ്ഠം വിസർജനേന്ദ്രിയം വരയ്ക്കും ഭാഗത്തിനെ മുഖ്യമായ ശരീരത്തിൻ്റെ അംഗമായിട്ട് ശാസ്ത്രകാരന്മാര് പറയു പാദം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കർമ്മേന്ദ്രിയം വിട്ടു നിൽക്കുന്ന ഒരു കർമേന്ദ്രിയം അത് നിക്കണം അങ്ങനെ യോഗികൾ പാദത്തിനെ ഈ ഇതിന്റെ തന്നെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് യോഗത്തിൽ ഇരിക്കണത് അല്ലേ നമ്മൾ ചമ്പ്രം പടിഞ്ഞാണ് ഇരിക്കണത് സാധാരണ ചമ്പ്രം പടിഞ്ഞിരിക്കും അപ്പൊ ഒരു ദണ്ഡം ആയി ദണ്ഡം അങ്ങനെ നിന്നു ആ ദണ്ഡത്തിൽ തലയിൽ മുതൽ ചുവട് വരെ ഒരു എന്തോ ഒരു നിയന്ത്രണ ശക്തി ഞാൻ എന്നുള്ള അഭിമാനമാണ് നിയന്ത്രണ ശക്തി എന്ന് പറഞ്ഞു ആ അഭിമാനത്തിന് മൂലം അജ്ഞാനമാണ് എന്ന് വേദാന്തം പറയണം ഇന്നിപ്പോ ബുദ്ധിയിലാണ് കയ്യ് കാല് തല ഒക്കെ ഇരിക്കുന്നത് ഒരു വലിയ നിരൂപണമാണ് ഈ ഭരണകാര്യം കയ്യേ കാല തല അതായത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ദർ ഓൾ സെറ്റ് ഇൻസൈഡ് ദ ബ്രെയിൻ ഒരു ഒരു ഒരു വഴിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ബുദ്ധിയിലാണ് ഇന്ദ്രിയങ്ങളൊക്കെ ഇരിക്കുന്നത് ഒരു ഇന്ദ്രിയം മുറിച്ചു കളഞ്ഞിട്ട് ബുദ്ധിക്ക് ഇൻഫർമേഷൻ എത്തിയിട്ടില്ലെങ്കിൽ കുറച്ചുകാലം കൂടെ ആ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനമൊക്കെ ബുദ്ധി തുടരും ില്ലെങ്കിൽ കാലില്ല എന്ന് അറിയാതെ ചിലപ്പോ ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞൊരു സൂക്കട് ഉണ്ട് ചൊറിയും എന്നാണ് ഇല്ലാത്ത കാലം ചൊറിയാനൊന്നും പറ്റില്ല കാലില്ല അവിടെ ബുദ്ധിക്ക് അറിയില്ല കാലില്ല അപ്പോട്ടെ നമുക്ക് അതൊന്നും ഇപ്പൊ വിഷയമല്ല എന്തിനു പറയണ വെച്ചാൽ ബുദ്ധിയില് സൂക്ഷ്മമായിട്ട് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ കൂടിയിട്ടുള്ള ഉപാധിയാണ് ഞാൻ എന്ന് തീരുമാനിക്കുന്ന ഒരു അജ്ഞാനമുണ്ട് ആ അജ്ഞാനത്തിനെ എടുത്തു കളഞ്ഞാൽ ശരീരം ഉള്ളപ്പോൾ തന്നെ ശരീരം അശരീരത്വം സിദ്ധിക്കും അതിന് വേറെ വഴിയുണ്ട് ഇതൊക്കെ ശാസ്ത്രം പക്ഷെ ഈ ശാസ്ത്രം പറഞ്ഞു വരുമ്പോൾ ഒരു ഒടക്കം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലും നാടികളിലും നരമ്പുകളിലും ഒക്കെ അഭിമാനത്തോടെ പിടിച്ചു കയറിയിരിക്കുന്ന ജീവൻ ആദ്യം തന്നെ ജ്ഞാനയോഗത്തിനൊന്നും വഴങ്ങില്ല അയാളുടെ കർമ്മവാസനകളൊക്കെ തന്നെ അതിലൊക്കെ കെട്ടിക്കിടപ്പുണ്ട് കർമ്മേതി ഹസ്തയോ ഗതിരീതി പാതയോ വിമുക്തിരീതി പായവും കർമ്മമായിട്ടും ഗതിയായിട്ടും വിസർജനാദി പ്രക്രിയകളായിട്ടും ഒക്കെ ശരീരത്തിൽ കിടപ്പുണ്ട് അപ്പൊ ഈ ശരീരത്തില് കാല അതായത് വാക്ക് പാണി പാദം പായു ഉപസ്ഥം ശ്രോത്രം ചക്ഷുസ് ഘ്രാണം അതായത് കണ്ണ് മൂക്ക് ചെവി നാവ് ത്വക്ക് ഈ ജ്ഞാനേന്ദ്രിയൾ അഞ്ചും കയ്യ കാല പാദം പായു ഉപസ്ഥം എന്നുള്ള കർമേന്ദ്രിയൾ അഞ്ചും വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്ന കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും ഒക്കെ തന്നെ പ്രാണന്റെ പല വിധത്തിലുള്ള രൂപങ്ങളാണ് ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ you will yourself feel that all the senses are made of vital energy എനർജി പ്രാണന് മാത്രാണ് കൈ ആയിട്ടിരിക്കുന്നത് പ്രാണനാണ് കാലായിട്ടിരിക്കണത് പ്രാണനാണ് കണ്ണ് മൂക്ക് ചെവി ത്വക്ക് ഒക്കെ പ്രാണനാണ് ഇതൊക്കെ പ്രാണനാണ് പ്രാണൻ തന്നെ കർമ്മേന്ദ്രിയങ്ങളായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടും ഒക്കെ മാറിയിരിക്കുകയാണ് പരിണമിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് പ്രാണൻ ശോഷിക്കുമ്പോ ഇതൊക്കെ ശോഷിക്കും പ്രാണൻ മലിനപ്പെടുമ്പോ ഇതൊക്കെ മലിനപ്പെടും പ്രാണൻ ഊർജസ്വലമാകുമ്പോ ഇതൊക്കെ ഊർജ്ജസ്വലമാകും അപ്പൊ പ്രാണന്റെ മണ്ഡലങ്ങളാണ് ജ്ഞാനേന്ദ്രിയവും കർമേന്ദ്രിയവും മനസ്സും ബുദ്ധിയും ശരീരം തന്നെ ായില്ലേ എന്നുവെച്ചാൽ പ്രാണൻ തന്നെ കൈയായിട്ടും കാലായിട്ടും ഒക്കെ മാറിയിരിക്കണു പ്രാണൻ തന്നെ കണ്ണും മൂക്കും ഒക്കെ ആയിട്ട് മാറിയിരിക്കണു ഇന്നലെ പറഞ്ഞു കണ്ണില്ലാത്ത ആൾക്കും കണ്ണുണ്ട് ചെവിയില്ലാത്ത ആൾക്കും ചെവി ഉണ്ട് ഇന്നലെ പറഞ്ഞു ഓർത്തോളം കണ്ണില്ലാത്തവനെ പുറകെ നിന്ന് വിളിച്ചാല് അവൻ തിരിഞ്ഞു നോക്കും എന്തിനാ തിരിഞ്ഞു നോക്കിയത് കണ്ണില്ലല്ലോ തിരിഞ്ഞ് നോക്കിട്ട് വല്ല കാര്യമുണ്ടോ കണ്ണില്ല ആ ഗോളസ്ഥാനത്തില് റെസ്പോണ്ടിങ് സെൻസ് ഉണ്ട് അയാൾ കാണാൻ പറ്റില്ലെങ്കിലും അയാൾ നോക്കും അതുപോലെ തന്നെ ചെവി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പ്രാണന്റെ പ്രസരകേന്ദ്രങ്ങളാണ് അപ്പോ ആദ്യമായിട്ട് ഒരാള് ചെയ്യണത് പ്രാണ ിയങ്ങളെ നിയന്ത്രണം ചെയ്യലും മനസ്സിനെ നിയന്ത്രണം ചെയ്യലും ആഹാരത്തിനെ നിയന്ത്രണം ചെയ്യലും ഇന്ദ്രിയങ്ങളെ പ്രാണനെ സമ്പാദിക്കുകയാണ് ഈ പ്രാണനെ സമ്പാദിച്ച് പതുക്കെ പതുക്കെ മൂലത്തിലടക്കാൻ പറ്റുമോ ഈ പ്രാണനപ്പുറം പോകാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഇതൊക്കെ ഇതിന് പുറകിലുള്ള ശാസ്ത്രമാണ് ഞാൻ പറയണത് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം വേറെ അപ്പൊ ഈ പ്രാണന് പ്രാണോപാസനം ഭാഷ്യത്തിൽ തന്നെ ആചാര്യസ്വാമികൾ എടുത്ത് പറയണു സമാപ്ത പ്രാണോപാസന ബ്രഹ്മവിദ്യ ആരഭ്യത്തെ എന്നാണ് പ്രാണോപാസനം കഴിഞ്ഞിട്ട് ഇനി ബ്രഹ്മവിദ്യ അതിനു മുമ്പ് പറഞ്ഞ എന്നാണ് നമ്മളുടെ സാധനങ്ങളൊക്കെ പ്രാണോപാസനയാണ് നാമജപ ആവട്ടെ ഭഗവാന്റെ രൂപധ്യാനമാവട്ടെ നാമസങ്കീർത്തനമാവട്ടെ ആഹാര ഉപവാസം ഇരിക്കലാവട്ടെ ഒരേ രീതിയിൽ ചെയ്യുന്നതൊക്കെ പ്രാണോപാസനയാണ് തുടർന്ന് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രയോജനം അപ്പോ ഈ പ്രാണന്റെ മുഴുവൻ ഇരിപ്പിടം എവിടെയാണ് ഈ പ്രാണൻ മുഴുവനായിട്ടും ഇരിക്കുന്നത് എവിടെയാണ് എന്നുവെച്ചാൽ മനസ്സിലിരിക്കണു എന്ന് പറഞ്ഞു മനസ്സെന്താ പ്രാണെന്ന് പ്രത്യേകിച്ച് അന്യമായൊരു വസ്തുവാണോ അല്ല പ്രാണൻ തന്നെയാണ് മനസ്സ് പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ് അതുകൊണ്ട് മനസ്സില് കണ്ണ് കാത് മൂക്ക് ചെവി കണ്ണ് കാത് മൂക്ക് നാക്ക് ഒക്കെ ഉണ്ട് സ്വപ്നത്തില് മനസ്സ് സ്വയമേവ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും വിശക്കുകയും ഉണ്ണുകയും ഒക്കെ ചെയ്യുന്നു നടക്കുകയും ഒക്കെ ചെയ്യുന്നു മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ സൂക്ഷ്മരൂപമുണ്ട് പ്രാണന്റെ മുഴുവൻ സൂക്ഷ്മ രൂപം മനസ്സിലുണ്ട് അപ്പം മനസ്സെന്ന് പറയണത് പ്രാണന്റെ തന്നെ സൂക്ഷ്മ രൂപമാണ് സൂക്ഷ്മ രൂപമാണ് ആ മനസ്സാവട്ടെ വിജ്ഞാനത്തിലുള്ള ഒരു ഭ്രംശം കൊണ്ടുണ്ടായതാണ് അപ്പൊ ആ വിജ്ഞാനത്തിലുള്ള ഭ്രംശം നീക്കാൻ ആണ് വേദാന്ത ശ്രവണ ചെയ്യണതൊക്കെ അപ്പോ മനസ്സ് ഈ മനസ്സ് തന്നെ പ്രാണന്റെ ഓരോ മണ്ഡലങ്ങളിലും നിക്കണം ഏറ്റവും സ്ഥൂലമായ മണ്ഡലമാണ് ഉണ്ണുക ഉറങ്ങുക മണക്കുക വിഷയഭോഗം ചെയ്യുക ഇതൊക്കെ സ്ഥൂലമായ മണ്ഡലം ആ സ്ഥൂലമായ മണ്ഡലത്തില് പ്രാണനോട് അഭിമാനിച്ചു കൊണ്ട് മനസ്സ് വിഹരിക്കണം അതായത് അടി മുതൽക്ക് മുടി വരക്കും വ്യാപിച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് അതാണ് നമ്മൾ സാധാരണ ഉള്ള സ്ഥിതി മൂലാധാരം മുതൽ സഹസ്രാറം വരെ എന്ന് പറഞ്ഞു അപ്പൊ പ്രാണൻ മുഴുവൻ മനസ്സിലടങ്ങി മനസ്സോ ഹൃദയത്തിലടങ്ങി മനസ്സ് സൂക്ഷ്മതമമായി സൂക്ഷ്മമായി അന്തര്യാമിയായ ഭഗവാനിലടങ്ങി അന്തര്യാമിയായ ഭഗവാനെ ഉപാസിച്ചു ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ അപ്പൊ എന്താ ഈ മനസ്സ് പതുക്കെ പതുക്കെ ശരീരത്തിൽ നിന്നും വിത്ഡ്രോ ചെയ്യാണ് വിത്ത് ഡ്രോവലാണ് ആ വിത്ത് ഡ്രോവൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഭഗവാനിവിടെ പറഞ്ഞു വരണത് ഏറ്റവും സ്ഥൂലമായ തലം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്ന് യോഗികൾ ഷാധാരങ്ങളെ ആറ് ചക്രങ്ങളെ പറഞ്ഞുകൊണ്ടുവന്നു ഈ ആറ് ചക്രങ്ങളില് സാധാരണ എല്ലാ മനുഷ്യരും ചുവട്ടിലുള്ള ഈ മൂന്ന് ചക്രങ്ങളിലും വ്യാപരിച്ചു സ്വാധിഷ്ഠാനം മണിപൂരകം മൂലാധാരം ഈ മൂന്ന് ചക്രങ്ങൾ പ്രജോത്പത്തി ഭക്ഷണം കഴിക്ക ധാരാളം വിത്തം സമ്പാദിക്കുക ലോകത്തിലുള്ള പദാർത്ഥങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുക ഉറങ്ങുക ഈ കാര്യങ്ങളൊക്കെ ആഹാരനിദ്രാ ഭയമൈഥുനംച്ച ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ വേണമെങ്കിൽ കാണാം ഭയം വരുമ്പോ തന്നെ അടിവയറ്റിലാണ് വികാരം ഉണ്ടാവുക ഭയപ്പെടുമ്പോ കെപ്പാട ഒരു ടെൻഷൻ വരുമ്പോ പേടി വരുമ്പോ അടി വയറ്റിലും ഇങ്ങനെ കിടന്നും സ്പന്ദിക്കും വിശപ്പ് വയറ്റിലാണ് അല്ലേ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം വഴിക്കുമ്പോ വയറാണ് മുകളിലേക്ക് പോയി ചുവട്ടിലേക്ക് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോ നേവൽ പോർഷൻ വരയ്ക്കും സ്പന്ദനുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ആണ് സ്ലീപ്പ് ഇവിടെ വരെ ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാണാം ഈ ഭാഗമൊന്നും കാര്യമായിട്ട് സ്പന്ദിക്കില്ല ഇവിടത്തോടെ നിൽക്കും നെഞ്ചോടെ നിൽക്കും നമുക്ക് യോഗശാസ്ത്രാണ് ശ്രദ്ധിച്ച നമ്മളുടെ ദൈനംദിന ജീവിതമാണ് യോഗശാസ്ത്രം അല്ലാതെ പ്രത്യേകിച്ച് മൂക്ക് പിടിച്ചിട്ട് പുഴിയൊന്നുമല്ല പ്രാണൻ അടിവയറ് വരെ പോകുമ്പോ ശ്വാസം വിടുമ്പോ ചിലർക്ക് കാണാൻ ഇവിടും ഇങ്ങനെ വരുള്ളൂ അടിവയറ്റുന്ന വരുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും പ്രാണൻ ശരിക്കു ചലിക്കുന്നുണ്ടോ എന്നർത്ഥം അപ്പോ നാഭി അതിനും ചുവട്ടലുള്ള സ്ഥാനം ഉപസ്ഥം പായു ഉപസ്ഥം വിസർജ്ജനം എന്നുള്ള കർമ്മം ഭ സുഖം അനുഭവിക്കുക എന്നുള്ള കർമ്മം ഇത് രണ്ടും കർമ്മേന്ദ്രിയും ജ്ഞാനേന്ദ്രിയുമായിട്ട് നിൽക്കും അവിടെയൊക്കെ ഭഗവാൻ വന്നിരിക്കണമെന്നാണ് മഹാഗണപതി എവിടെയാ ഉപാസിക്കുന്നത് മൂലാധാരത്തിലാണ് അല്ലെ മൂലാധാരഗണപത്തെ എന്ന് പറഞ്ഞ തന്നെ ദീക്ഷിതരുടെ ഒരു കൃതിയുണ്ട് വിഘ്നേശ്വരനെ മൂലാധാരത്തിൽ അദ്ദേഹം നല്ല തടിച്ചും കൊഴുത്തും വലിയ വയറുമൊക്കെ ആയിട്ട് മൂലാധാരത്തിലാണ് വിഘ്നേശ്വരനെ ഉപാസിക്കുന്നത് അദ്ദേഹത്തിന് അപ്പവും വടയൊക്കെ തിന്നണം ഭക്ഷിക്കണം ഉച്ചിഷ്ട ഗണപതി ഉപാസന ഉണ്ട് ചിലർക്ക് ഉച്ചിഷ്ടം വെച്ചാൽ നമ്മൾ ഊണ് കഴിച്ചിട്ട് ബാക്കിയുള്ളവർ തൊട്ടാ അത് ഉച്ചിഷ്ടം പറയും വേറെ എന്താന്ന് വെച്ചാൽ ശിഷ്ടന്മാര് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഉച്ചിഷ്ടം ശിഷ്ടന്മാര് പാടില്ലാന്ന് പറയുന്ന കാര്യമാണ് ഉച്ചിഷ്ടം ആ ശിഷ്ടന്മാരെ എന്തൊക്കെ പാടില്ലാന്ന് പറയണോ അത് ധർമ്മം ആ ധർമ്മത്തിന്റെ വരുതിക്കുള്ളിൽ നമ്മളെ നിർത്താനാണ് ആ ഗണപതി പിടിക്കേണ്ടത് നമ്മളുടെ കാര്യം സാധിക്കാനല്ല ധർമ്മത്തിൽ എന്തൊക്കെ പ്രതിബന്ധമുണ്ടോ എന്തൊക്കെ ദുശീലങ്ങളുണ്ടോ ആ ദുശീലങ്ങളൊക്കെ മാറ്റി തീർക്കാനുള്ള പ്രതിനിധിയാണ് അദ്ദേഹം ഓരോ മണ്ഡലത്തിലും നമുക്ക് നോക്കൂ പാലക്കാട് കൊച്ചിയിലേക്ക് പതിനഞ്ച് വർഷമായിട്ട് വരുമ്പോൾ ഇപ്പോഴും വഴി ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പോ ഈ സൂക്ഷ്മ വർത്തുമേല് വഴി കാണിച്ചു ആള് വേണ്ടേ ഓരോ മണ്ഡലത്തിലും ദേവതകൾ വന്ന് നിക്കുന്നതാണ് അത് മാത്രല്ല നമ്മൾ എവിടെ നിൽക്കണു അവിടെ ഉള്ളെന്ന് വഴി കാണിക്കുന്നു മാത്രല്ല വെളിയിൽ വന്ന ഒരാൾ പറയും ഈ യോഗശാസ്ത്രം നമ്മളെ അധ്യാത്മ വളരെ വിനയത്തോടെ ഇരുന്നോളും വിനയത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കരുത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടേണ്ടല്ലോ ട്രെയിനിൽ കയറണവരെ ഓടണം മെനക്കെട്ടണം അല്ലേ ടിക്കറ്റ് വാങ്ങി ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പാടില്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പൊതിയോ കഴിക്കണം അല്ലേ അതേപോലെ അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നതിനു മുമ്പ് അവസരപ്പെടണം ഗുരുവിനെ കിട്ടുന്നതിനു മുമ്പ് നമ്മൾ അധ്യാസായം ചെയ്യണത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വഴി വെച്ചാൽ ആരെങ്കിലും ഒക്കെ വരും വന്നിട്ടേ അതെ ഈ മന്ത്രം ജപിക്കൂ ഓ ശരി ജപിച്ചോ കൊറേ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾ പറയാം അത് വേണ്ട ഇത് ജപിക്കൂ ഓ ശരി ഓരോ മണ്ഡലത്തിലും കടത്താനുള്ള ആളുകൾ വരും എന്നാണ് ഇവരൊന്നും പരസ്പര വിരോധികളല്ല തൃശൂരിൽ നിന്ന് ഒരാൾ ഇങ്ങടേക്ക് വഴി കാണിച്ചു ഇവിടെ വന്നപ്പോ ഇവിടുന്ന് ഒരാൾ ഇങ്ങടയ്ക്ക് വഴി കാണിച്ചു ഇവിടുന്ന് നിങ്ങളൊരാളേക്ക് വഴി കാണിച്ചു ഇതുപോലെ അകത്തുള്ള ഒരു സൂക്ഷ്മമായ യാത്ര ആ സൂക്ഷ്മമായ യാത്രയ്ക്ക് അന്തര്യാമിയായ ഭഗവാൻ പുറത്തോരോ രൂപത്തിൽ വരും അകത്തോരോ ഭാവങ്ങളുടെ രൂപത്തിലും പുറത്തോരോ വ്യക്തികളുടെ രൂപത്തിലും ഒക്കെ വരും ഇതൊക്കെ അറിയാനുള്ള സൂക്ഷ്മ ബുദ്ധി മാത്രം നമുക്ക് വേണം ഉള്ളൂ മൂലാധാരത്തിലാണ് വിഘ്നേശ്വരനെ ഉപാസിക്കുന്നത് മണ്ണ് എന്ന് പറയുന്നത് അതായത് സോളിഡ് ഈ പ്രപഞ്ചം വളരെ സോളിഡാണ് പദാർത്ഥമാണ് എന്നുള്ളത് ഒരു ഒരു ഭ്രമം ആ മൂലാധാര ചക്രത്തിലാണ് നിക്കുന്നത് ഇത് തൂണാണ് ഇത് മൈക്കാണ് ഇതൊക്കെ പദാർത്ഥ ഭാവനാ ദൃഷ്ടി മൂലാധാരത്തിലാണ് നിക്കണത് അത് കഴിയുമ്പോ പതുക്കെ ലിക്വിഡ് ആവും വെച്ചാൽ ഡ്രീമിയാവും അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിയുമ്പോ എന്തെന്തു വേണമെങ്കി ആവാംന്നാണ് മനുഷ്യൻ എത്ര കണ്ട് വസ്തുനിഷ്ഠമായിട്ടിരിക്കുന്നു അത്ര കണ്ട് ചോട്ടലിരിക്കണോ എന്നാണ് അർത്ഥം എന്നാണ് കൊച്ചുകുട്ടികൾ നോക്കൂ എപ്പോഴും ഡ്രീമിയാണ് അവർക്ക് എന്ത് പറഞ്ഞാലും വിശ്വാസമാവും ഇത് തൂണല്ല ഭൂതാണെന്ന് പറഞ്ഞാൽ അവർ ഭൂതമായിട്ട് കാണും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ പദാർത്ഥ ഭാവനാ ദൃഷ്ടി ഇല്ല നമ്മള് ഫൗണ്ടേഷൻ വരെ വന്ന് ജയിലില് പെട്ടു നമുക്ക് പദാർത്ഥ ഭാവനാ ദൃഷ്ടിയാണ് ഒക്കെ കല്ല് മണ്ണ് എന്നൊക്കെ പറഞ്ഞ് കാടുകയാണ് അപ്പൊ ആ മൂലാധാര ചക്രത്തിലെ വരെ നമ്മളുടെ അഭിമാനം രൂഢമായിട്ട് കിടക്കുമ്പോ പദാർത്ഥങ്ങളൊക്കെ വസ്തുക്കളാണ് ഇതാണ് അതാണ് രാഗം ദ്വേഷം ഒക്കെ ഉണ്ടാവും അവിടെ നിന്നും ആ ഈശ്വരന്റെ കൃപ പതൊക്കെ മേപ്പെട്ട് പൊക്കിവിടുമ്പോ മണ്ണ് ജലം അല്ലെ മണം എന്നുള്ളത് മനുഷ്യന് പൊതുവെ കുറവാണ് നമുക്ക് കാണാം നമുക്ക് മണക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ തന്നെ നമ്മളുടെ സ്ഥിതി മൂലാധാര ചക്രത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്നറിയാം മൃഗങ്ങളെപ്പോലെ നമുക്ക് പറ്റില്ല മണക്കാൻ ചില മനുഷ്യരുണ്ട് എന്തും മണത്ത് മണത്ത് നോക്കും എന്നാൽ നമുക്ക് മൃഗങ്ങളുടെ അത്രയൊന്നും ദൂരത്തുള്ളത് മറക്കുക മണക്കുക ചിലതൊക്കെ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ളതൊക്കെ മണക്കുക അത്ര മണത്തിട്ടാണ് കണ്ടുപിടിക്കുക എന്നാണ് എരയും എണയും മണത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക മൃഗങ്ങളും പാമ്പുകളും മണത്ത് പോയി കണ്ടുപിടിക്കും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ളതൊക്കെ മണത്ത് കണ്ടുപിടിക്കും അത്ര ആലോചിച്ച് നോക്കൂ അങ്ങനത്തെ മണമൊന്നും നമുക്കില്ലല്ലോ പക്ഷെ മണം നമ്മളിൽ ആക്ടിവേറ്റഡ് ആണ് നമുക്ക് അറിയണില്ല അത്രയേ ഉള്ളൂ വ്യക്തികൾ അടുത്ത് വരുമ്പോൾ ആളുകളടുത്ത് വരുമ്പോഴൊക്കെ ചില ഗന്ധമൊക്കെ നമ്മളെ അറിയാതെ ഇൻഫ്ലുവൻസിങ് പക്ഷെ നമുക്ക് അതിന്റെ ഇമ്പാക്ട് നമ്മളുടെ മേലെ അത്ര കണ്ടില്ല അപ്പൊ ആ മൂലാധാര ചക്രത്തിൽ നിന്നും പതുക്കെ പതുക്കെ ജലം ജലം രുചിയാണ് രുചിയും നമുക്ക് മൃഗങ്ങളെ പോലെ രുചിക്കാനൊന്നും പറ്റില്ല അവരെന്ത് കിട്ടിയാലും രുചിച്ച് തിന്നണ പോലെ പന്നി ആ ഡ്രെയിനേജ് വാട്ടർ കുടിക്കണം നോക്കൂ നിങ്ങൾ ആടപ്രഥമനടക്ക് ഇത്ര രുചിയോട് കഴിക്കില്ല നമുക്ക് രുചിക്ക് സ്പെഷ്യാലിറ്റി ഒക്കെ വേണം ആ പന്നിക്ക് ആ ഡ്രെയിനേജ് വാട്ടർ കിടന്ന് കുടിക്കണത് കാണുമ്പോ എന്തോ പാലടപ്രഥമ കഴിക്കണ പോലെയാണ് കുഴപ്പവും ഇല്ല അതിന് മൂലാധാര ചക്രമൊക്കെ നല്ല ബലമാണ് ഡൈജഷൻ ഒക്കെ നല്ല പവർഫുള്ളാണ് ഉം ഡൈജഷനൊക്കെ എന്തു കിട്ടിയാലും ഡൈജസ്റ്റ് ആവും എന്താന്ന് വെച്ചാൽ അവരുടെ ആത്മശക്തി അടിവയറു വരെ വ്യാപിച്ചു കിടക്കാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സ്വാധിഷ്ഠാനം മണിപൂരകം ഈ ചക്രങ്ങളൊക്കെ മനുഷ്യന്റെ പൊതുവേ ഉള്ള സഞ്ചാര കേന്ദ്രങ്ങളാണ് ഇത് കഴിഞ്ഞ് ഏകദേശം അനാഹത ചക്രത്തിലേക്ക് ഇവന്റെ അഭിമാനം ഞാൻ അഭിമാനം എന്ന് തന്നെ പറയണു കുണ്ടലിനി എന്ന് പറയണതിന് പകരം കുണ്ടലിനി എന്ന് പറയുന്നത് ചിത് ശക്തി മുഖ്യപ്രാണൻ എന്ന് ഉപനിഷത്തുകൾ പറയണു മുഖ്യപ്രാണൻ എന്നുവെച്ചാൽ ഉപനിഷത്തുകൾ പറഞ്ഞു എങ്ങനെയാ പ്രജാപതി സർവേന്ദ്രിയങ്ങളിലും വ്യാപിച്ചു പോയി ചളിപിടിച്ചു അത്രേ അപ്പൊ തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി എന്താ വഴി എന്ന് ആലോചിച്ചു ബൃഹനാരണ്യോപനിഷത്ത് വരുന്നതാണ് അപ്പോ എന്തൊക്കെയോ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ സാധന ചെയ്തു നോക്കി ഉദ്ഗാ ഉദ്ഗാനം ഉദ്ഗീതം ചെയ്തു നോക്കി നടന്നില്ല അവസാനം മുഖ്യപ്രാണനെ പിടിച്ചപ്പോഴേ നടന്നുള്ളൂ എന്നാണ് കഥ അപ്പൊ ആ മുഖ്യപ്രാണൻ ആരാണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ഈ അഹം സ്ഫൂർത്തി ഈ സ്ഫൂർത്തിയാണ് മുഖ്യപ്രാണൻ ചിത് ശക്തി പക്ഷെ ആ ചിത് ശക്തി മൂലാധാരത്തിലോ സ്വാധിഷ്ഠാനത്തിലോ മണിപൂരകത്തിലോ ഒന്നും പിടികിട്ടില്ല എത്ര പറഞ്ഞാലും പിടികിട്ടില്ല സ്ഫൂർത്തി എന്നൊന്നും പറഞ്ഞാലും പിടികിട്ടില്ല കുണ്ടലിനി എന്ന് പറഞ്ഞാലും പിടികിട്ടില്ല കൃപ എന്ന് പറഞ്ഞാലും ഒട്ടും പിടികിട്ടില്ല കൃപ എന്നൊക്കെ പറയണത് തന്നെ എന്ന് വെച്ചാൽ മൈൻഡ് അല്ലാത്ത ഒരു ഫോഴ്സ് മൈൻഡ് നമ്മളുടെ അടുത്ത് ഉണ്ട് പക്ഷെ മനസ്സല്ലാത്ത ഒരു ശക്തി വന്ന് നമ്മളെ കൈപിടിച്ച് പൊക്കണത്ത് നമ്മൾ അറിയാതെ അറിയുന്നുണ്ട് ഒരു വേഗക്ഷൻ ഓഫ് എ ഹയർ ഹയർ പവർ ഹോൾഡിംഗ് യു അത് ശക്തിയെ ആത്മാവിന്റെ തന്നെ ശക്തി എന്ന് പറഞ്ഞോളൂ ആ ശക്തിയെ അല്പമൊക്കെ നമ്മളെ കാണുന്നത് അതിന്റെ വെളിച്ചം അല്പമൊക്കെ നമ്മളെ കാണുന്നത് അനാഹത ചക്രത്തിലെത്തുമ്പോഴാണ് ഹൃദയസ്ഥാനത്തിലെത്തും അപ്പോഴാണ് സത്സംഗത്തിലൊക്കെ നമ്മൾ വന്നിരിക്കണത് സത്സംഗത്തിൽ വന്നിരിക്കും ഒരിക്കൽ ഗീത കേട്ടു ഗീത കേട്ടു എന്തൊക്കെയോ ഭാഗവതം കേട്ടു അപ്പൊ പെട്ടെന്ന് ഒരു തോന്നി ഇനി മുതൽ ധ്യാനിക്കണം ഭക്തി ചെയ്യണം അത് തോന്നി വെച്ചാൽ പതുക്കെ ഇവിടെ ഒരു ദ്വാരം തുറന്നു എന്നാണ് മേപ്പട്ടയ്ക്കുള്ള ദ്വാരം തുറന്നു ഉം ഓരോന്ന് ഓരോന്നായി പൂട്ട് തുറന്നു പോവുകയാണെ സാധാരണ ഈ മൂന്നെണ്ണേ ഉള്ളൂ ഹൃദയത്തിൽ നിന്ന് ദ്വാരം തുറക്കുകയില്ല അത് പതുക്കെ അങ്ങടെ തുറന്നു ഒത്തിരി ഒന്ന് തുറന്ന് ഈ ശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് എവിടെയോ സത്സംഗത്തിൽ വന്നു ഭജന കേട്ടു ഒരു ആനന്ദം ഉണ്ടായി കണ്ണടച്ചങ്ങനെ ഇരുന്നു ഇതൊക്കെ നമ്മള് കോൺഷ്യസ് ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല ആ ശക്തി എങ്ങടെ ഉള്ളിൽ പ്രവേശിച്ച് അനാഹത ചക്രത്തിൽ വന്നു അപ്പൊ ചിലപ്പോ ഒക്കെ കിട്ടിന്നൊക്കെ തോന്നും പിന്നെയും ചോട്ടിലേക്ക് വരും പോയ വഴിക്ക് വണ്ടി ബാക്കടിക്കും പിന്നെയും കുറച്ചുപേർ ഷെഡിൽ പോയി കിടക്കും ഇനിയും കുറെ വർഷം കിച്ചു പക്ഷേ എത്തി നോക്കിക്കഴിഞ്ഞില്ലേ അതുകൊണ്ട് കുറെ മാത്രല്ല ഈ അനാഹത ചക്രത്തിൽ പതുക്കെ പതുക്കെ സത്സംഗം ഭക്തി ശാന്തി നല്ല ആളുകളുമായിട്ടുള്ള സംഘം ഒക്കെ ഇതൊക്കെ ഭഗവാൻ തന്നെ വലിച്ചോണ്ട് പോണതാണ് ജീവനെ നമ്മൾ സാധന ചെയ്തിട്ടൊന്നുമല്ല എന്നാലും നമുക്ക് സാധനൊക്കെ ഉണ്ടാവും പുറത്ത് ആ സമയത്ത് നമുക്ക് ധാരാളം കൂട്ട് കിട്ടും ഗീതകൾക്കും സത്സംഗത്തിൽ വന്നിരിക്കും ചിലപ്പോൾ അത് ഉള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടും ഇതൊക്കെ നമുക്കറിയില്ല എങ്ങനെ സംഭവിച്ചു എന്ന് അവിടെ പോയി ഇതൊക്കെ നടക്കും പുതിയ പുതിയ ഒരു കൂട്ടുകെട്ടൊക്കെ വരും ഒരു സത്സംഗമൊക്കെ വരും നല്ല ഗ്രന്ഥങ്ങളൊക്കെ കിട്ടും അതൊക്കെ മനസ്സിലാക്കും ശാസ്ത്ര ചെയ്യും എങ്കിലും ഒന്നും സ്വയം അനുഭവത്തിലായിട്ടില്ല ഒക്കെ മനസ്സിലാക്കും പുതിയ പുതിയ വെളിച്ചങ്ങൾ കിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും ഇതെങ്ങനെ അനുഭവത്തിൽ വരും എന്നൊക്കെ തോന്നും അവിടെ നിലയ്ക്കാൻ കുറെ കാലം തന്നെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഈ അനാഹത ചക്രത്തിൽ ഒരു ഫൗണ്ടേഷൻ നിൽക്കും എന്നുവെച്ചാൽ പതുക്കെ ചുവട്ടിലുള്ള ആ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ പൂട്ടും കീലകം സാധാരണ നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴൊക്കെ കീലകം എന്നുണ്ട് കീല പൂട്ട ചവട്ടിലുള്ള സ്ഥാനങ്ങളൊക്കെ ഒന്ന് പൂട്ടും പൂട്ടിയിട്ട് ഈ അനാഹത ചക്രത്തില് ജീവൻ സത്സംഗവും ഭക്തിയും ശാസ്ത്ര ആയിട്ട് നിൽക്കും അവിടെ നിന്ന് മേപ്പെട്ട് അവിടെയാണ് ഇയാൾക്ക് ഗുരുവിനെ കിട്ടുക ഗുരുവിനെയും കിട്ടുന്നതും ഗുരുവിനെ അനുസരി അനുസരിക്കുന്നതും ശാസ്ത്രം പഠിക്കുന്നതും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇനി പ്യൂരിറ്റിയുടെ സെന്ററാണ് വിശുദ്ധി എന്ന് പറയുന്നത് ഇയാള് ശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയാലും ശരീരത്തിലുള്ള ഇന്ദ്രിയ സ്ഥാനങ്ങളൊക്കെ അതേപോലെ ഉണ്ട് ഇന്ദ്രിയ അഭിമാന ശക്തി അതേപോലെയുണ്ട് ഈ ചിശക്തിയെ അല്പമൊന്നും ഇയാൾ തൊട്ടു നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ വണ്ടിയിൽ ഇയാൾ കയറിയിട്ടില്ല ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും മനസ്സെന്ന് പറയുന്ന വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മനസ്സുകൊണ്ടാണ് ഇയാൾ കാര്യങ്ങളൊക്കെ അറിയണത് മനസ്സുകൊണ്ടാണ് മനസ്സിലാക്കണത് മനസ്സ് വെച്ചുകൊണ്ടാണ് ഇയാൾ ജീവിക്കണത് മനസ്സുകൊണ്ടാണ് പ്രവർത്തി ചെയ്യണത് ഇനിയും ആ മഹാ മനസ്സിനേക്കാൾ റിലയബിൾ ആയിട്ടുള്ള ഫോഴ്സിന്റെ കയ്യിൽ ഇയാൾ ഇയാൾ തന്നെ ഏൽപ്പിച്ചിട്ടില്ല അതിപ്പോഴൊന്നും സാധിക്കില്ല ഈ അനാഹത ചക്രത്തിൽ നിന്നും വിശുദ്ധി ചക്ര പര്യന്തം പോകണമെങ്കിൽ ഒറ്റ മാർഗയേ ഉള്ളൂ അത് യോഗാസാധനയാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഒന്നുമല്ല ധർമ്മമാണ് ചലിക്കാത്ത ധർമ്മനിഷ്ഠയില്ലെങ്കില് അവിടുന്ന് അവിശുദ്ധി ചക്രതിക്ക് പോകാൻ പറ്റില്ല ധർമ്മം സ്വാർത്ഥതയെ ത്യജിക്കലാണല്ലോ ധർമ്മം എത്ര കണ്ട് സ്വാർത്ഥതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ ശാസ്ത്രത്തിനനുസരിച്ച് ഗുരുവാക്യസ്ഥത്തിനനുസരിച്ച് ശ്രദ്ധയോടുകൂടെ ധർമ്മത്തിന്റെ ട്രാക്കിൽ നിൽക്കുന്നവൻ അവനുപോലും അറിയാതെ ഗ്ലൈഡ് ചെയ്ത് ഉള്ളിലൂടെ പോകും ശീക്രഗമനമല്ല ശീഘ്രഗമനം ഇങ്ങനെ ഇരുന്ന് ഉള്ളിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോയ പോലെ തന്നെ തിരിച്ചു വരും അപകടമാണ് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ എളുപ്പ ഷോർട്ടസ്റ്റ് റൂട്ട് ഇസ് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് പറയും ഷോർട്ട് റൂട്ട് തരേണ്ട പതുക്കെ ശനൈഹി ശനൈഹിന്ന് ധർമ്മനിഷ്ഠയോടുകൂടെ സദാചാരത്തോടുകൂടെ നിഷ്ഠയോടുകൂടെ തപസ്സോടുകൂടെ ഒരു ധൃതിയും കൂട്ടാതെ ഇതൊന്നും അറിയ വേണ്ട ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്തുകൊണ്ട് ഭഗവത് ആരാധന ചെയ്തുകൊണ്ട് ജ്ഞാന വിചാരം സദാചാര നിഷ്ഠയോടുകൂടെ ഇരിക്കുന്നവൻ അവന് പോലും അറിയാതെ അനാഹത ചക്രത്തിൽ നിന്നും ഈ വിശുദ്ധി ചക്രത്തിലേക്ക് വരും അവിടെ ശുദ്ധമാകും നിർമ്മലമാകും കാമം ക്രോധം ലോപം മോഹം മതം ആത്സര്യം മുതലായ ദോഷങ്ങളൊക്കെ ഇയാളെ വിട്ടുപോവുകയും അതിനു വേണ്ട ഇൻസിഡൻസൊക്കെ ഭഗവാൻ ഉണ്ടാക്കും എങ്ങനെയാ സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയാൻ പറ്റില്ല മെഡിറ്റേഷൻ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ ജീവിതത്തിലിട്ട് വറുത്തെടുക്കും ചട്ടിയിലിട്ട് വറുക്കണ പോലെ വറുത്ത് നല്ല വെണ്ണം വേവിച്ചെടുക്കും അതൊക്കെ യോഗസാധനയാണ് നമ്മൾ വിചാരിക്കുന്നത് യോഗസാധന എന്ന് വെച്ചാൽ ഈ പത്മാസനത്തിൽ ഇരുന്ന് ചെയ്യണതും അതൊന്നുമല്ല നമ്മളുടെ നാടീ നരമ്പും ഒക്കെ ശുദ്ധാവണമെങ്കിൽ ദുഃഖവും വിഷമങ്ങളും ഒക്കെ കോശങ്ങളുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന അഭിമാനമൊക്കെ വേഗണം അതൊന്നും സ്വയമേവ ഒരു പ്രാണായാമം കൊണ്ടൊന്നും നടക്കില്ല അപമാനം സഹിക്കണം ചീത്ത വിളിക്കുന്നത് കേക്കേണ്ടി വരും നമ്മൾ ആരുടെ അടുത്തൊക്കെ അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ടിരിക്കും അവരുടെ അടുത്തു നിന്നുള്ള വിരോധവും വിഷമങ്ങളും വേദനയും സഹിക്കേണ്ടി വരും ഇതൊക്കെ ചിലപ്പോൾ ഇതിന്റെ നടുക്കുകൂടിയാണ് നടക്കുക ഇതിന്റെ ഇടയിൽ ഇതൊക്കെ അടങ്ങിക്കൊണ്ടിരുന്ന ജീവൻ ശുദ്ധ നിർമ്മലമായി വിശുദ്ധി ചക്രത്തിലെത്തുമ്പോ പതുക്കെ പിടിവിടും അവിടുന്ന് ഇങ്ങടേക്കുള്ള യാത്രയുണ്ടല്ലോ അത് അലൗകികമായ യാത്രയാണ് അലൗകികമായ യാത്രയാണ് ആ വിശുദ്ധിചക്രത്തിൽ നിന്നും ഭ്രൂമധ്യത്തിലേക്ക് ശരിക്കും ഒരു ഗരുഡൻ പറന്നുപോണത് കണ്ടിട്ടുണ്ടോ ആകാശത്തില് മനുഷ്യന്റെ ദൃഷ്ടിയിലെത്താത്ത അത്ര ഉയരത്തില് മേഘവാളികൾക്ക് മുകളില് പറക്കും ശ്യേനോ യഥ എന്നാണ് പറയണത് ശ്യേനോ യഥ ഒരു ഗരുഡൻ പറക്കുന്ന പോലെ ഒരു കഴുകു പറക്കുന്ന പോലെ ഒരു പരുന്ത് പറക്കുന്ന പോലെ ആ വിശുദ്ധി ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് കൃപാശക്തി ഗുരു കൃപ മനസ്സല്ല യത്നമല്ല അവിടെ നിന്നും കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ ഈ മനസ്സോ ഒന്നുമല്ല അവിടെ ഈ ദേവതകള് പിടിച്ചെടുത്തോണ്ട് പോയി എന്നാണ് പറയാ എന്നുവെച്ചാൽ സൂക്ഷ്മദേവതകള് സൂക്ഷ്മമായ ശക്തി മനസ്സല്ലാത്തതായ ശക്തി അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സില്ല മനോബിഭിത്വ മനസ്സാണല്ലോ നമുക്ക് ഇച്ഛാശക്തി ആയിട്ടും സങ്കല്പമായിട്ടും ഡിസെയർ ആയിട്ടും ഒക്കെ ഇവിടുന്ന് കൈ ഇങ്ങനെ ആക്കണമെങ്കിൽ ഒരു വേണം ഇങ്ങനെ ആക്കണമെങ്കിൽ ഡിസെയർ വേണം ആ ഡിസെയർ ഇല്ലാതെ ആജ്ഞന്നാണ് രാമകൃഷ്ണദേവൻ പറയണ്ടല്ലോ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചിരിക്കണു ഭഗവാൻ ഇങ്ങനെ ഇരുത്തണു അങ്ങനെ ഇരിക്കണു എന്റെ ഇച്ഛയല്ല എനിക്കൊന്നുമില്ല ജീവൻ മുക്തന്മാർക്ക് അവരുടെ ഇച്ഛയൊന്നുമില്ല അവരെ ആ ശക്തി എങ്ങനെ ചലിപ്പിക്കണു അങ്ങനെ ചലിക്കണു എന്ത് പറയിപ്പിക്കണോ അത് പറയണു എന്ത് ചെയ്യിപ്പിക്കണു അത് ചെയ്യണു ആജ്ഞാനുവർത്തികളാണ് അവര് ആ മഹാശക്തിയുടെ കയ്യിൽ യന്ത്രമാണ് അവര് അപ്പൊ ആ ഭ്രൂമധ്യത്തിൽ എത്തുമ്പോൾ പ്രാണൻ നിർമ്മലമായി മനസ്സിന്റെ കളങ്കലേ ശമ്പോലുമില്ലാതെ എന്നുവെച്ചാൽ അവിടെ ഇയാൾക്ക് ലിമിറ്റേഷൻ ഇല്ല ഇയാളൊരു വ്യക്തിയല്ല ഇയാളൊരു ഉപാധിയല്ല ഇയാൾ ഒരു സ്ത്രീയോ പുരുഷനോ അല്ല ഇയാൾ ഒരിടത്ത് നിൽക്കുന്നവനല്ല അഖണ്ഡ ആകാശം പോലെയാണ് എന്നുവെച്ചാൽ വിശുദ്ധി ചക്രത്തിൽ തന്നെ ഇയാള് സ്പേസിനെ കടന്നു കഴിഞ്ഞു മൂലാധാരത്തില് മണ്ണ് അനാഹതത്തിലെ വെള്ളം വിശുദ്ധിചക്ര സ്വാധിഷ്ഠാനത്തിലെ വെള്ളം നണിപൂരകത്തിലെ അഗ്നി ഹൃദയസ്ഥാനത്തിലെ വായു വിശുദ്ധി ചക്രത്തിലെ ആകാശം ഭ്രൂമധ്യത്തിലെ മനസ്സ് അവിടെ വെച്ച് മനസും ഭേദനം ചെയ്തു മനോവിഭിത്വാൻ ആ ഇടം വരയ്ക്ക് മനുഷ്യ സഞ്ചാര യോഗ്യമുള്ളൂ എന്നുവെച്ചാൽ അവിടെ നിന്ന് ഉള്ള യാത്ര പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഒരു ജീവൻ സാധിച്ചെങ്കിൽ സാധിച്ചു ഇല്ലെങ്കിൽ ഇല്ല ഒന്ന് പറയാൻ അവസാന കാലത്ത് ചിലപ്പോൾ സാധിച്ചേക്കുന്നതാണ് ചിലര് അതിനെയും ഭേദിച്ച് സഹസ്രാരത്തില് സ്വാനുഭവസിദ്ധിച്ച ശേഷം ജീവൻ മുക്തന്മാരായിട്ട് ചിലപ്പോൾ ലോകത്തിലിരിക്കും അതൊക്കെ വളരെ അപൂർവം എങ്കിലും പൊതുവെ ഈ ക്രമമുക്തിയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് പ്രയാണകാലേന്ന് പറഞ്ഞു അവസാന സമയത്ത് ഈ പക്വിയായ ജീവൻ ഭഗവത്കൃപ കൊണ്ട് ഭ്രൂമധ്യസ്ഥാന പര്യന്തം വരുന്നു അതാണ് നോക്കൂ പ്രയാണകാലേ മനസ്സാ അച്ഛലേനെ അവിടെ അച്ചലമായ മനസ്സാണെന്നാണ് മനസ്സില്ല അവിടെ ഭക്തിുക്തോ ഭക്തിയോടുകൂടെ യോഗബലേന ചെയ് യോഗബലത്തോടു കൂടെ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ പ്രാണൻ മുഴുവനും ഭ്രൂമധ്യത്തിൽ ചെന്ന് കൂടി ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് അവിടുന്ന് സതം പരംപുരുഷം ഉപൈതി ദിവ്യം അവിടുന്ന് ആ പരമപുരുഷനെ ദൂരത്തുനിന്ന് കാണുകയും കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ അവിടുന്ന് ജീവൻ കുതിച്ചിടുന്നു പൂന്താനം അല്ലേ ദൂരത്തുനിന്ന് ആ പരമപുരുഷനെ കണ്ടിട്ട് ഭ്രൂമധ്യത്തിൽ നിന്നും ഈ ജീവൻ അങ്ങോട്ട് കുതിക്കണമെന്നാണ് പരുന്ത് പറക്കണ പോലെ അവിടെയാണ് നദി സമുദ്രത്തിൽ കലക്കുന്ന പോലെ യഥാനദ്യന്തമാനാഹ സമുദ്രേ അസ്ഥം ഗതി വിഹായ തഥാ വിദ്വാൻ നാമരൂപാതി വിമുക്ത പരാത് പരം പുരുഷം ദിവ്യം ആ ഉള്ള അജ്ഞാനം വേദിക്കപ്പെടുമ്പോ ശിവശക്തി ഐക്യരൂപിണ്യന ഈ ശക്തി ശിവത്തിൽ പൂർണമായും ലയമായി കഴിയുമ്പോ ഉണ്ടാവുന്ന ആനന്ദനർദ്ധനം എഴുപത്തിയിരായിരം നാടികളെയും നനച്ചുകൊണ്ട് അമൃതസ്രവം ഉം എന്നുവച്ചാൽ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും ആത്സര്യവും നാടികളിലൂടെ ഒഴുകുന്ന സ്ഥലത്ത് ആത്മാനുഭവം ഒഴുകുന്നു ശരീരത്തിലുള്ള സകല നാടികളിലൂടെയും ചിത് സ്ഫൂർത്തി ചിതനുഭവം ഉണ്ടാവണോ എന്നുവച്ചാൽ ശരീരമില്ലാതാവണുന്ന് അർത്ഥം ഓരോ കോശത്തിലുമുള്ള ഓരോ ഡി സെല്ലിന്റെ ഉള്ളിലുള്ള പെർസണാലിറ്റിയുടെ സ്ഥാനത്ത് ചിതാകാശമേ ഉള്ളൂ അവിടെ പെർസണാലിറ്റി ഇല്ല വ്യക്തിത്വം പോയി ഓരോ കോശത്തിന്റെ ഉള്ളിലും വ്യക്തിത്വം പോയി ആകാശ ശരീരി അവൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവന് ശരീരം ഉള്ള പോലെ തോന്നിയാലും അവന്റെ അനുഭവ മണ്ഡലത്തില് അവന് ശരീരമില്ല ആകാശമേ ഉള്ളൂ എന്നാണ് യഥാഖം അമലാശയ യഥാഖം ആകാശം പോലെ അവൻ ആകാശം തന്നെ ആയിത്തീരുന്നു അങ്ങനെ ഭ്രൂമധ്യത്തിന് എങ്ങനെ പോകുന്നു അതാണ് ഭഗവാൻ പറയണത്തെ നോക്കും യഥക്ഷരം വേദവിദോ വീ ീതരാഗാഹം യച്ഛന്തോ ബ്രഹ്മചര്യന്ത സങ്കേ വേദാർത്ഥന്മാർ യാതൊരു അവിനാശിയായിരിക്കുന്ന വസ്തുവിനെയാണോ ൂലം അനണു അഹ്രസ്വം അദീർഘം എന്നൊക്കെ പറഞ്ഞത് ബൃഹദാരണ്യ ഉപനിഷരം ഗാർഗി ബ്രാഹ്മണ അഭിവദന്തി എന്നൊക്കെ ഗാർഗി ആജ്ഞവൽക്കയ സംവാദത്തിൽ പറഞ്ഞത് യത്നശീലന്മാരും കാമക്രോധാദിയെ ഉപേക്ഷിച്ചവരുമായ യോഗികൾ സമ്യക് ദർശനത്തിനെ പ്രാപിച്ചതിന്റെ ശേഷം പ്രാപിക്കുന്നത് യാതൊരു അക്ഷരത്തെ അറിയുവാനിച്ഛിച്ചിട്ടാണ് ആണോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ അക്ഷരമെന്നും ബ്രഹ്മമെന്നും പറയപ്പെടുന്ന ആ പദത്തെ സംക്ഷേപമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരുവൻ മരണപര്യന്തം ഓങ്കാരത്തെ ഉപാസിക്കുന്നതായാൽ അവൻ അതുകൊണ്ട് യാതൊരു ലോകത്തെയാണ് പ്രാപിക്കുന്നത് എന്ന് സത്യകാമൻ ചോദിക്കുന്ന ചോദ്യത്തിന് പിപ്പരാധൻ പറയുന്ന ശിഷ്യം ഉപ ഉപനിഷത്തിലുണ്ട് അതൊക്കെ ആചാര്യസ്വാമി ഭാഷ ഉദ്ധരിക്കണ്ട് അക്ഷരം വേദവിതോ വണവമാണിവിടെ വിഷയം ഓംകാരം ഏതക്ഷരം വേദവിധോ വേദങ്ങൾ മുഴുവൻ ഏതൊരു ഓംകാരത്തിനെ വാഴ്ത്തുന്നുവോ വിശന്തിയത് യഥയോ ഭീതരാഗാഹ കാമക്രോധാദികളെ ഉപേക്ഷിച്ച മുനികൾ സന്യാസികൾ ഏതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ ഏതൊരു പരമപഥത്തിനെ ആശിച്ചു കൊണ്ടാണോ ബ്രഹ്മചര്യാദികൾ അനുഷ്ഠിക്കണത് അതിനെ സംഗ്രഹമായി ചുരുക്കി ഒറ്റ വാക്കൽ ഞാൻ പറഞ്ഞു തരാം അതിനെ ഉപാസിക്ക എന്താ വാക്ക് ഓം പ്രണവം പ്രണവം വാച്യാർത്ഥമാണ് അതിന്റെ ലക്ഷ്യാർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത് പ്രണവത്തിന്റെ ലക്ഷ്യാർത്ഥമാണ് ഏതൊന്നാണോ പ്രാപിക്കേണ്ടത് ആ ബ്രഹ്മം ആ ബ്രഹ്മത്തിനെ എങ്ങനെ പ്രാപിക്കുന്നു അടുത്ത ശ്ലോകം നോക്കൂദ് സംയമ്യ മനോഹൃതി നിരുദ്ധ്യ മൂർധ് ആദായത്മനഃ പ്രാണം ആസ്ഥിത്യോഗാരേകാക്ഷരം ബ്രഹ്മ സ്മരൻ യു പ്രയാതിയജന്ഹം സയാതി പരമാ അനന്യ ചേത സതോ മാം സ്മരതി നിത്യശ താഹം സുലഭ പാർ ീകത്തിൽ മനസ്സിനെ നിരോധിച്ച് അവിടെ വശീകരിക്കപ്പെട്ടിട്ടുള്ള മനസ്സോടുകൂടി ഹൃദയത്തിൽ നിന്ന് മേൽപോട്ടു ഗതിയുള്ള നാടിയിൽ സുഷുമൂടി കയറി തന്റെ പ്രാണവായുവിനെ സകലത്തിൽ നിന്നും പിൻവലിച്ച് ഹൃദയത്തിൽ കൊണ്ടുവന്ന അവിടുന്ന് കൂടി കണ്ഠം ഭ്രൂമധ്യം ലാടം എന്നീ ക്രമത്തിൽ കയറ്റി മൂർധാവിൽ പ്രവേശിച്ച് സ്ഥിരമായ യോഗനിലയെ പ്രാപിച്ച് ബ്രഹ്മത്തിന്റെ പേരായിരിക്കുന്ന ഓംകാരത്തെ ഉച്ചരിച്ചുകൊണ്ട് തത് അർത്ഥഭൂതമായും ഈശ്വരനുമായിരിക്കുന്ന എന്നെ സദാസ്മരിക്കുന്നവനായി യാതൊരുവനാണ് ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നത് അവൻ ശ്രേഷ്ഠമായ ഗതിയെ പ്രാപിക്കുന്നു ദേഹത്യാഗം ആത്മാവിന്റെ പ്രയാണത്തിന് വിശേഷണമായിരിക്കുന്നു ആത്മാദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നു അല്ലാതെ തീരെ നശിക്കുന്നില്ല എന്നർത്ഥം ഇതാണ് ഭാഷ്യം ഭാഷ്യത്തിന്റെ മലയാളം പണ്ടത്തെ വിവർത്തനാണ് കേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മലയാള വിവർത്തനാണ് സാധാരണ ഭാഷ്യം വായിച്ച് പറയും ഈ പുസ്തകം കിട്ടിയത് കൊണ്ട് ഇതെടുത്തു അത്രയേ ഉള്ളൂ അപ്പൊ സർവദ്വാരാണി സംയമ്യ മനോഹൃദിനരുദ്ധ എല്ലാ ദ്വാരങ്ങളെയും അടക്കി മനസ്സിനെ ഹൃദയത്തിൽ നിരോധം ചെയ്ത് പ്രാണനെ മൂർധാവിലേക്ക് കൊണ്ടുപോയി പ്രണവം ജപിച്ചുകൊണ്ട് യോഗികൾ ശരീരം ഉപേക്ഷിച്ച് മേൽപോട്ടക്ക് പോകുന്നു ഊർധ്വ ലോകങ്ങളിലേക്ക് സഞ്ചാരം ചെയ്യുന്നു പറഞ്ഞു അതൊക്കെ നമുക്കൊക്കെ പറ്റുമോ എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞു അനന്യചേതാഹ സതം മറ്റു വിഷയങ്ങളൊന്നും മനസ്സെ എപ്പോഴും എന്റെ നാമം ജപിച്ചുകൊണ്ടേയിരുന്നാൽ ഭഗവത് നാമം സദാസ്മരിച്ചു കൊണ്ടേരുന്നാൽ എനിക്ക് ശരണാഗതി ചെയ്തുകൊണ്ടിരുന്നാൽ സുലഭ പാർത്ത് ഞാൻ കൊണ്ടുപോകാം അന്ന് പറഞ്ഞില്ലേ ഗണപതി അവയാരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ മൂലാധാരത്തു നിന്ന് സഹസ്രാർ പരിന്തും അതുപോലെ ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് ശരണാഗതി ചെയ്ത് ഭഗവത് നാമത്തിനെ ചിത്തമായിട്ട് മനസ്സ് വേറെ എവിടെയും വിടാതെ ഭഗവാന് തന്നെ ശരണാഗതി ചെയ്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടിരുന്നാ മതി നമ്മൾ യാത്ര ചെയ്യണതേ അറിയില്ല അല്ലെ ഇപ്പൊ പ്ലെയിനിലൊക്കെ കയറിയിരുന്നു ഉറങ്ങണില്ലേ കണ്ണു തുറന്നു നോക്കുമ്പോ അമേരിക്കയിലെത്തി ഇവിടുന്ന് കയറിയിരുന്നു ഉറങ്ങിയതാണ് ടൈം സ്പേസ് ഒക്കെ മാറിയവിടെ പോയപ്പോ അതുപോലെ നമ്മളെ ഭഗവാന്റെ കയ്യിലിരുന്ന് ഉറങ്ങിയാ മതി ഭഗവാൻ പറഞ്ഞു പക്ഷെ സ്മരിക്കുന്നതാണ് സത്തതം സ്മരിക്കുക എനിക്ക് ശരണാഗതി ചെയ്തുകൊണ്ടേയിരിക്കുക എന്റെ ഭഗവൻ എന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക സദാ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുക ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം നീ ഭയപ്പെടൊന്നും വേണ്ട മാശു മാഭീഷ്ഠണ്ട ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം തസ്യാഹം സുലഭപാർഥ എളുപ്പത്തിൽ കിട്ടും എന്നാണ് നിത്യയുക്തസ്യോഗനെപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെന്താ അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനായി തീർന്നിരിക്കണോ എന്ന് പറഞ്ഞു തുടർന്ന് നാണക്കം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷപ്രാങ്കണരിംഗണലോലമ പരമായാസം മായാക്കൽപ്പമനാകാരം ഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ണമാതിമി കാസം കാളിന്ദീഗതാളിയശിരസി സുനൃത്യ മുഹുരീതം കലിതശേഷം കലിദോഷഘ്നം കാളത്രയതിഹേതു പ്രണമത ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദ പരമാനന്ദകുലയോഷി വസ്ത്രമുദാഗമുരുൂഢം വ്യതി സന്ത വസ്ത്രുപാകർന്ത നിർധൂതയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ോ മത്മാവസിമേ തോ നാച്യം മമക യഥാഷ്ടം കൂരുമാം ആത്മനം രമണം ഭജ